ഷങ റബെ യബൽ� വുസ്해설�rene സാലേ കുസതയല൅ഴൡ Ment� Negative ellow Devah ജഴ�گെ ലു ദള്വ്ഴെ ചെളത്ക്സ്റ് ണഖഴുേ ഝംഴ�നഴെ സഴൄ ചെലെ സലളുു ണആ DON്ഴ� собствентр done ജഴ� เอวุเมตินิอะหังสุขังนะมามิภังกาสัญญะติเจตนามาระณาสุขะวาสุขังอะตะนังสิสสะหะ <S preachers> അധ സൗനകം കാരണം കാക്ഷസേനം പരിവിഷ്യമാണോ ീ വിഭിക്ഷേ തസ്മാർത്ഥം ഇയം ആഖ്യായിക ആരഭ്യത പറഞ്ഞ സമ്പർഗവിദ്യ അതിനെ സ്തുതിക്കുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്ന കഥ സൗനകന്റെ സുനകസ്യപത്യം സൗനകം എന്ന് പറയുന്ന ഒരാളുടെ സന്തതിയാണ് സുനകന്റെ സന്തതി സൗനകൻ ഒരാളുടെ പേരാണ് ഋഷിയുടെ പേരാണ് സുനകൻ അതെന്താണ് കാപ്പയെയും കപികോത്രം അയാളെ തന്നെ സൗനകനത്തന്നെ പറയുന്നു കാപ്പയേയും കാപേയം എന്തുകൊണ്ട് പറയുന്നത് കപിഗോത്രം കപി എന്ന് പറയുന്ന ഗോത്രത്തിൽ കാപ്പേയം എന്ന് പറയുന്ന ഗോത്രത്തിന്റെ സത്യമാണ് കാപ്പേയ ഗോത്രത്തിൽ പറയുന്ന സൗനകനും അഭിപ്രായ നാമത കക്ഷസേന സേവത്യം കക്ഷസേനി അഭിപ്രതാരി വേറൊരുവൻ അയാളുടെ ആരാണ് അയാളെ പറയുന്നു കാക്ഷസേനിക്ഷസേനസ്യം കക്ഷസേനൻ എന്ന് പറയുന്ന ആളുടെ പുത്രനാണ് കക്ഷസേനിവിടെ ഒന്ന് കാപ്പേയ ഗോത്രത്തിൽപ്പെട്ട സൗനകൻ മറ്റൊന്ന് കക്ഷസേനന്റെ പുത്രനായ അഭിപ്രതാരി ഇവർ ഭോജന ഉപവിഷ്ടു പരിവിഷ്യമാണ് സൂപകാരി രണ്ടുപേരും കാപ്പയനായ സോനുകനും കാർഷസേനിയായ അഭിപ്രായയും വേണ്ടിയിരുന്നു ഭക്ഷണം വിളമ്പു സൂപ്പകാരി പാചകം ചെയ്യുന്നവർ ഭക്ഷണം വിളമ്പുകാരുന്നു ആ സമയത്ത് ഭിക്ഷിതവാൻ ഭിക്ഷയായിച്ചു രണ്ടുപേർക്കും ഭക്ഷണം കഴിച്ചു ഒരു ബ്രഹ്മചാരി അവിടെ ചെന്ന് ഭിക്ഷുഹു ബ്രഹ്മചാരി ബ്രഹ്മചാരി എന്നുള്ള അഭിമാനമുള്ളവനാണ് അത് മനസ്സിലാക്കി ശൗനകനും അഭിപ്രാരി ഭിക്ഷ കൊടുത്തില്ല ഹക്കിമയം ഭക്ഷരി ഭക്ഷ്യകാരം പിന്നെ എന്തുകൊണ്ട് കൊടുത്തില്ല ഇയാൾ എന്താ പറയുന്നതെന്ന് നോക്കാം എന്ന് കരുതി അത് ശ്രുതിയുടെ അഭിപ്രായമല്ല ഭാഷകാരന്റെ അഭിപ്രായം ശ്രുതി പറയുന്നത് രണ്ടുപേർ ഭക്ഷണം കഴിക്കാനിരുന്നു ഒരു ബ്രഹ്മചാരി അവിടെ ഒന്നും ഭിക്ഷ ചോദിച്ച് കൊടുത്തില്ല തസ്മി ഹവ് പൂഹ എന്നത് കഷ്ടം ഊഹ മൂന്നാമതൊരു മൂന്നും ഭക്ഷണം ചോദിച്ചപ്പോൾ കൊടുത്തില്ലല്ലോ എന്നും ഇതിപ്പോ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത് വിശദീകരിക്കാൻ വേണ്ടി മാത്രമല്ല അപശുദ്രാധികരണത്തിലെ രണ്ടാമത്തെ സൂത്രം ഈ രണ്ടു വരിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു സൂത്രം അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഇത് ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് വായിച്ചു പോകത്തൊക്കെ കാര്യമേ ഉണ്ട് രണ്ടുപേര് ഒരാൾ ഭക്ഷണം ചോദിച്ച് കൊടുത്തില്ല ഇതിന് വിശേഷിച്ച് കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഭാഷകാലം ഇതിന് ഒരു വലിയ അഭ്യാസം നടത്തിയിട്ടുണ്ട് അതിനാണ് അഭിസൂത്രാധികത്തിന്റെ രണ്ടാമത്തെ സൂത്രത്തിൽ വ്യാഖ്യാനിക്കുന്നത് ഈ മന്ത്രത്തിൽ അവിടെ വ്യാഖ്യാനിച്ചു അത് ഏറ്റവും വലിയൊരു തമാശയാണ് സത്യമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ കാര്യം പൂർണ്ണമായ അസത്യം ഇതിന്റെ പേരിൽ നമ്മുടെ ഭാഷകാരൻ രചിയിരിക്കുന്നത് പൂർണ്ണമായ അസത്യമാണ് അത് മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ പറയുന്നത് എന്താണ് സൗനകം കാനകൻ കവി ഗോത്രത്തിൽ പിറന്നുവൻ അഭിപ്രാരി കാക്ഷസേനിക്ഷസേനന്റെ പുത്ര ഇവ രണ്ടുപേരുമാണ് ഇരിക്കുന്നത് അതിൽ കാപ്പേയൻ എന്നു പറയുന്നത് സംശയമില്ല കപി ഗോത്രത്തിൽ പറഞ്ഞ ഒരാളാണ് കാപ്പേയ ഗോത്രത്തിൽ കപിയുടെ മനസ്സിലെന്ന് പറയുമ്പോൾ ഒരു ഗോത്രം എന്ന് പറയുമ്പോൾ അതിൽ തലമുറ തലമുറകളായി അനേകം പേരുണ്ടാവും അതിൽ ഒരാളാണ് ശൗനകൻ കാപ്പേയെന്ന് പറയുന്നത് ബ്രാഹ്മണ ഗോത്രമാണ് അതിൽ തലമുറകളായി ഉണ്ടായിരുന്നതിൽ ഒരാളാണ് ശൗനകൻ അടുത്ത് പറയുന്നത് അഭിപ്രായ അഭിപ്രാരി എന്നാണ് അയാളുടെ പേര് ഈ അഭിപ്രാരിയെ കുറിച്ച് ഇവിടെ ശ്രുതി എന്ന് പറയുന്നു കക്ഷസേനിയാണ് കക്ഷസേനന്റെ പരമ്പരയിൽപ്പെട്ടയാളാണ് എന്ന് വ്യക്തമായി പറയുന്നത് ഇയാൾക്ക് പേരും ഇവിടെ അഭിപ്രതാരിന്നേ ഉള്ളൂ പക്ഷെ ഈ അഭിപ്രാരിയെ ഭാഷ്യകാരൻ മാറ്റിയിട്ട് ചൈത്രരഥീനാക്കി ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാക്ഷസേനു പറയുന്നത് ചിത്രരഥൻ എന്ന് പറയുന്ന ഒരു ക്ഷത്രിയന്റെ വംശത്തിൽ പറഞ്ഞ ചൈത്രരഥിയാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ പറയുന്നില്ല മന്ത്രത്തിൽ പറയുന്നില്ല ശകാലങ്ങനെ പറഞ്ഞു എന്താ അങ്ങനെ പറയാൻ കാരണം ഈ അഭിപ്രതാരി ഒരു ക്ഷത്രിയനാണ് എന്ന് വരുത്തി തീർക്കണം നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞു ക്ഷത്രിയത്വ അവഗതദേഹി അഭിപ്രാരിയെ ക്ഷത്രിയനാക്കുന്നതിനു വേണ്ടിയാണോ അതിന് ഭാഷകാരന്റെ വ്യക്തിശ്രുതിന് ക്ഷത്രിയനാണെന്ന് സമർത്ഥിക്കുന്നതിന് ഈ അഭിപ്രാരി കൂടി ക്ഷത്രിയനാക്കണം അതെങ്ങനെയാകും അതിന് പറയുന്ന വ്യക്തി സമ്പർഗവിദ്യയെ കുറിച്ചാണ് പറഞ്ഞത് ഇവിടെ സമ്പർക്കവിദ്യയെക്കുറിച്ച് അതിനെ സ്തുതിച്ചു പറയും സ്തുതിച്ചു പറയുമ്പോൾ ഇവിടെ അഭിപ്രാരി എന്ന് പറയുന്നൊരു പേര് വന്നു ഒരു പേര് ഇവിടെ വന്നേ ഉള്ളൂ ഈ അഭിപ്രാരി ക്ഷത്രിയനായാൽ ക്ഷത്രിയനാണെന്ന് സമർപ്പിച്ചാൽ ജാനശ്രിയും ക്ഷത്രിയനാക്കാം അതെങ്ങനെ കാരണം ഇതും സമ്പർക്കവിദ്യയെ സ്തുതിക്കുന്ന ഭാഗമാണ് അപ്പൊ ഇതിലൊരു ക്ഷത്രിയന്റെ പേര് വന്നു കഴിഞ്ഞാൽ മുമ്പ് വന്ന ജാനശ്രുതി ക്ഷത്രിയനാകുമെന്നുള്ളതാണ് യുക്തി അത് മറിച്ചെന്ന് ചോദിക്കാൻ പാടില്ല ഇവിടെ കാപ്പയ്യൻ വന്ന് ശൗനകൻ ബ്രാഹ്മണനാണ് അതുകൊണ്ട് എന്തുകൊണ്ട് ജാനശ്രുതി ബ്രാഹ്മണനായി കൂടാതൊന്നും ചോദിക്കാൻ പാടില്ല ഇവിടെ അഭിപ്രാരി കഴിഞ്ഞാൽ ഒരേ വിദ്യയാണ് രണ്ടിടത്തും പറയുന്നത് അതുകൊണ്ട് ജാനശ്രീ ക്ഷത്രിയനാകും എന്നാണ് അഭിപ്രായം എങ്ങനെ ക്ഷത്രിനാക്കും അതിന് അഭിപ്രതയെ മാറ്റിയിട്ട് ചൈത്രരഥിയാക്കണം അതങ്ങനെ ചൈത്രരഥിയാക്കും അതുമായിട്ട് ചിത്രരഥൻ ഉണ്ടെങ്കിൽ ചിത്രരഥന്റെ വംശത്തിൽ പറയുന്ന ചൈത്രരഥി അങ്ങനെയൊന്നും കൂടെ പറയുന്നില്ലല്ലോ ഉപനിഷത്തോടെ സ്പഷ്ടമായി പറയുന്നു അഭിപ്രതാരി കാക്ഷസേന്യാണ് കക്ഷസേനന്റെ പുത്രനാണ് അതങ്ങനെ ചിത്രരഥന്റെ പുത്രനാകും അനുഭാഷകാരനൊരു യുക്തി കണ്ടുപിടിച്ചു അതായത് ഉപനിഷത്ത് തന്നെ താണ്ഡ്യ ബ്രാഹ്മണം എന്ന് പറയുന്ന ഭാഗത്ത് പറയുന്നു കാപേയ വംശത്തിൽപ്പെട്ട ബ്രാഹ്മണർ അശ്വപതി എന്ന് രാജാവിനെ കൊണ്ട് യാഗം ചെയ്യിപ്പിച്ചു എന്ന് ശ്രുതിയിലൊരിടത്ത് പറയുന്നുണ്ട് കാപ്പയ ഗോത്രത്തിൽപ്പെട്ട ബ്രാഹ്മണരും ചിത്രരഥൻ എന്ന് പറയുന്ന ഒരാളിനെ യാഗം ചെയ്യിപ്പിച്ചു അതുകൊണ്ടെന്താ ഇവിടെ ചിത്രരഥന്റെയോ ചൈത്രരഥിയുടെയൊന്നും കാര്യം പറയുന്നില്ലല്ലോ അങ്ങനെ ഒരു സംഭവം പണ്ടൊന്നും നടന്നിട്ടുള്ളത് കൊണ്ടും ഇവിടെ വീണ്ടും ആ കാപ്പേയ ഗോത്രത്തിൽപ്പെട്ട ഒരാളിനെ പറയുന്നതുകൊണ്ടും കാപേയ ഗോത്രത്തിലാണല്ലോ ശമനകൻ അങ്ങനെ പറയുന്നത് കൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ അഭിപ്രാരി ആ ചിത്രരതന്റെ സന്താനമായ ഒരാളായിരിക്കണം ഇതാണ് യുക്തി അതാണ് യുക്തി പഠിപ്പിക്കുമ്പോൾ പഠിപ്പിച്ച ഗുരുവിനോട് ഞാൻ ചോദിച്ചത് എന്തായി ഇവിടെ പറയുന്നത് ശൗനകൻ കാപ്പയൻ കാവേയ ഗോത്രത്തിൽപ്പെട്ട ഒരാളുടെ കാര്യം പറയുന്നു ചിത്രരഥനോ ചിത്രരഥന്റെ വംശത്തെ കുറിച്ചോ പറയുന്നില്ല കാവയം ബ്രാഹ്മണഗോത്രമാണ് ആ ബ്രാഹ്മണഗോത്രത്തിൽപ്പെട്ട ആള് ശരിയാണ് പണ്ടാ ഗോത്രത്തിൽപ്പെട്ട ഏതോ ബ്രാഹ്മണർ ഒരു ചിത്രരഥന യാഗം ചെയ്യിപ്പിച്ചു പക്ഷെ ഇവിടെ ആ ചിത്രരഥനോ വംശമോ ഒന്നും പറയുന്നില്ല ഇവിടെ പറയുന്നൊരു അഭിപ്രാരി ആണ് ഇയാളേത് ഗോത്രമാണെന്നോ അല്ലെങ്കിൽ ഇയാളേത് ജാതിയാണെന്നൊന്നും ഇവിടെ പറയുന്നില്ല അപ്പം പിന്നെ കാപ്പേ ശബ്ദം കണ്ടതുകൊണ്ട് ഇവിടെ പറയുന്ന ശൗനകനോടൊപ്പം ഇരിക്കുന്നത് ആ ക്ഷത്രിയന്റെ സന്താന പരമ്പരിൽപ്പെട്ട ഒരാളാണെന്ന് ഇങ്ങനെ ഊഹിക്കും ഇത് രണ്ട് രണ്ട് സ്ഥാനത്താണ് പറയുന്നത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല മാത്രമല്ല അങ്ങനെ പറയുന്നതു വെച്ചു അസംബന്ധവുമാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സാധിക്കാൻ പറ്റുന്നുള്ളന്താണ് ഈ അഭിപ്രാരി എന്ന് പറയുന്നത് കാക്ഷസേനീ അഭിപ്രദാരി ഇതിപ്പോ ഒരു ബ്രാഹ്മണനും ആകാം ക്ഷത്രീന്ദ്രനാകണമെന്നില്ല മറ്റാരെങ്കിലും ആകാം അതിനൊന്നും കൂടെ ഒരു തെളിവ് ഇല്ല ഇത് വേറെ ഏതോ ഒരു ഭാഗത്ത് പറഞ്ഞ ഒരു അശ്വതിയുടെ ചിത്രരഥന്റെ പുത്രനായ ചൈത്രരഥിയാണോ ഇതിന് എന്താ പ്രമാണം ഇതിനെങ്ങനെ ബന്ധപ്പെടുത്തുന്നത് വേദത്തിന്റെ രണ്ടു ഭാഗങ്ങളെ കൂടെ കൊണ്ട് ബന്ധപ്പെടുത്തിയതിനെന്താ യുക്തി ിച്ചപ്പോൾ ഗുരു പറഞ്ഞത് ആ യുക്തിരാരും കണ്ടുപിടിച്ചിട്ടില്ല ഇനിയോട്ട് കണ്ടുപിടിക്കും എന്നും തോന്നില്ല രണ്ടെന്നുമുള്ള ബന്ധം അത് വ്യക്തമാക്കി പറയാൻ ആർക്കും കഴിയത്തില്ല പിന്നെ ഭക്ഷ്യകാരൻ അങ്ങനെ എഴുതിയിരിക്കുന്നത് കൊണ്ട് നമ്മളങ്ങനെ വിശ്വസിക്കണം ഇവിടുത്തെ അഭിപ്രാരി എന്ന് പറയുന്നത് ഏതോ ഒരു ചിത്രരതന്റെ പുത്രനാണ് ശരി അങ്ങനെയാണെങ്കിൽ സാധാരണ രീതി അനുസരിച്ച് ചിത്രരഥന്റെ പുത്രനെ ഇവിടെ സുനകന്റെ പുത്രൻ സൗനകൻ എന്ന് പറഞ്ഞു കക്ഷസേനന്റെ പുത്ര പാക്ഷസേന എന്ന് പറഞ്ഞിവിടെ ചിത്രരഥന്റെ പുത്രൻ ചൈത്രരഥി എന്നാണല്ലോ പറയേണ്ടത് കൂടെ അഭിപ്രാരി എന്നെന്തിനു പറഞ്ഞു അത് പറയുന്നുകൊണ്ട് തന്നെ അറിയാം ഇത് ചിത്രരഥന്റെ പുത്രനല്ല എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ വേണ്ടിയും ചോദിച്ചു അതിനെ കുറിച്ച് നോക്ക് പിന്നീട് ചർച്ച ചെയ്യാം തൽക്കാലം ക്ലാസ് ഒന്നും ബോട്ട് പോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പ്രശ്നം ഇതെനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് ഗുരുവിന് മനസ്സിലായി അതുകൊണ്ട് ആ പ്രശ്നം ഒഴിവാക്കി അതിന്റെ ബാക്കിയാണ് ഞാനിപ്പോ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒന്ന് ഒഴിവാക്കി ചർച്ച പക്ഷെ എനിക്ക് അവിടെ പറയാൻ പറ്റത്തില്ല അസംബന്ധമാണ് ഈ പറഞ്ഞിരിക്കുന്നത് കള്ളമാണ് സത്യമല്ല എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ അതിവിടെ പറയാം അതവിടെ പറയാൻ പറ്റാത്ത കൊണ്ടാണ് മുസ്ലിന്റെ ഭാഷയത്തിന് ഇത് മുഴുവൻ ചർച്ച ചെയ്യുക തികച്ചും അസംഗതമായൊരു കാര്യം എന്തിനാ ഇത്രയും സാഹസപ്പെടുന്നത് നശുദ്ധരായും അതിൻ്റെ ശുദ്ധരന് ബുദ്ധി കൊടുക്കരുത് ഇതിനെ സമർത്ഥിക്കാൻ വേണ്ടിട്ടാണ് വേറെ ഒരു കാര്യമില്ല ഈശ്വരനെ കുറിച്ച് പറയാനോ ബ്രഹ്മത്തെ കുറിച്ച് പറയാനോ ഒന്നുമല്ല ഇവറ്റ കാര്യം സമർത്ഥിക്കാൻ വേണ്ടിട്ട് ഇവിടെ പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളുമായിട്ടും ഒരു ബന്ധമില്ലാത്ത പച്ചക്കള്ളമാണ് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ അസംബന്ധം പറയുന്നത് ഒന്ന് ഇവിടെ പറയുന്ന അഭിപ്രതാരി ക്ഷത്രിയനാണെങ്കിൽ മുമ്പ് പറഞ്ഞ ജാനശ്രീ ക്ഷത്രിയനാകും അങ്ങനെ പറയുന്നതിനും ഒരു യാതൊരു യുക്തിയില്ല കാരണം ഇവിടെ പറയുന്ന ഇതേ വിദ്യയിൽ പറയുന്ന ശൗനകൻ ബ്രാഹ്മണനാണെന്ന് ഭാഷകാരൻ തന്നെ പറയുന്നു അപ്പൊ ഇവിടെ പറയുന്നവരെല്ലാം ക്ഷത്രിയരായിക്കൊള്ളണമെന്നില്ല റൈക്കോൻ ബ്രാഹ്മണനാണെന്ന് ഭാഷകാരൻ തന്നെ പറയുന്നു അപ്പൊ ഈ സംരംഭവിദ്യ പറയുന്നവരെല്ലാം ക്ഷത്രിയരായിക്കൊള്ളണമെന്നേ ഇല്ല ഇവിടെ അഭിപ്രായ ക്ഷത്രിയനാക്കി കഴിഞ്ഞാൽ ജാനശ്രുതിയും ക്ഷത്രിയനാകുമെന്ന് പറയുന്നതിന് യാതൊരു യുക്തിയുമില്ല ഇവന്ത മനഃപൂർവ്വം ജാനശ്രുതി ക്ഷത്രിയനാക്കാൻ വേണ്ടി അഭിപ്രായം ക്ഷത്രിയനാക്കുന്നു പിന്നെ അഭിപ്രായ ക്ഷത്രിയനാക്കാൻ വേണ്ടി ഇയാള് ചൈത്രരഥിയാക്കുന്നതിന് യാതൊരു യുക്തിയുണ്ട് വേദത്തിലെ ഏതൊരു ഭാഗത്ത് കാപ്പേയ ബ്രാഹ്മണര് ചിത്രരഥനെന്ന് പറയുന്ന ഒരു ക്ഷത്രിയനെ യാഗം ചെയ്യിച്ചു എന്ന് പറയുന്നത് ശരി അത് ചിത്രരഥനാണ് അഭിപ്രാരിയല്ല ഇവിടെ അഭിപ്രാരിയെ ക്ഷത്രിയനാക്കിയെന്തുകൊണ്ട് ഭാഷകാരം പറയുന്നത് കാപേയ യോഗ കാവയെ വംശത്തിൽപ്പെട്ട ഒരു സുനേദനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ അത് വേറൊരു കാലത്താണെന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അടുത്തു വന്ന് പണ്ട് അവർ യാഗം നടത്തി ആ ക്ഷത്രിയെ പരിപ്പെട്ടവരായിരിക്കണം എന്ന് പറയുന്നതിന് രണ്ടു തമ്മിലൊരു ബന്ധമുണ്ട് എന്താണ് കാവയെ വംശത്തിൽപ്പെട്ടവരെല്ലാം എപ്പോഴും പണ്ടൊരു യാഗം നടത്തി കൊണ്ട് അവരുടെ കൂട്ടത്തിലേ ഇരിക്കത്തുള്ളൂ ഭക്ഷണം കഴിക്കത്തുള്ളൂ കിടക്കത്തുള്ളു ഉറങ്ങത്തുള്ളൂ അങ്ങനെയൊക്കെ നിയമമുണ്ട് അങ്ങനെ ഒരു നിയമവും ഇല്ല അവർ വേറെ ആരുമായിട്ടുള്ളൊരു സംബന്ധവും വയ്ക്കത്തില്ല മറ്റാരും ആരെല്ലാമാകാം അതും ഇതൊരു ഗോത്രമാണ് ആ ഗോത്രത്തിൽ എത്രയോ അസംഖ്യഞ്ജനങ്ങളുണ്ടാകുന്നു ആ ഗോത്രങ്ങളെല്ലാം എത്രയോ കാലമായി ഇന്നും നിലനിൽക്കുന്നു അപ്പോൾ അതിലൊരു വ്യക്തി പിന്നീട് ഒരിക്കൽ പറയുമ്പോൾ അത് പഴയ ഒരു ബന്ധവുമില്ലാതെ കാരണം ഈ അഭിപ്രദാരി ഒരു ബ്രാഹ്മണനാണെന്ന് വന്നാൽ ശരിയാകത്തില്ല മറ്റേതെങ്കിലും വംശത്തിലുള്ള പിറന്നവനാണെന്ന് വന്നാൽ ശരിയാകത്തില്ല അതുകൊണ്ട് ജോലി ക്ഷത്രിയനാക്കണം അതിനുവേണ്ടി ഒരു വള്ളം പറയുന്നു ഒരു അസംബന്ധം പറയുക തരശന ബന്ധമില്ലാത്ത ഇതുകൊണ്ട് എന്താ സാധിക്കുന്നത് ശൂദരന് ബുദ്ധി കൊടുക്കരുത് അതിനു അത് മാത്രം അതുമല്ല ഇനി മറ്റൊന്ന് ഇത് ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എങ്ങനെയാണ് ജാനുശ്രദ്ധ ക്ഷത്രിയനാകുന്നു ഇനി അഭിപ്രായ ഒരു ക്ഷത്രീൻ തന്നെ ആയിക്കൊള്ളട്ടെ അതുകൊണ്ട് ജാനുശ്രുദ്ധി എങ്ങനെ ക്ഷത്രിയനാകുന്നു പക്ഷെ എന്നാലും അങ്ങനെ പറഞ്ഞ് സമർത്ഥിച്ചു രണ്ടാമത്തെ സൂത്രം അത് ക്ഷത്രിയത്വ അവഗതേ എന്ന് പറഞ്ഞിരിക്കുന്നു ഇതുമായിട്ട് അവിടെ ചൈത്രരഥനെന്നാണ് പറഞ്ഞിരിക്കുന്നു ചൈത്രര ചൈത്രരഥന ഇവിടെ ഇല്ല ഇല്ലാത്തതുകൊണ്ട് അഭിപ്രാരി ചൈത്രരഥനാൽ ഒരു കൊച്ചുകുട്ടിക്ക് പോലും ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ പറഞ്ഞിരിക്കുന്ന ആ സംബന്ധമാണ് ഒരു യാതൊരു കാര്യവുമില്ല അപ്പൊ അത് ഇവിടെ എന്നാൽ ശരി അങ്ങനെ പറഞ്ഞയാള് ഇവിടെ അഭിപ്രാരി എന്ന് പറയുമ്പോൾ ഇവിടെ എഴുതിയില്ല ചൈത്രരഥിയാണ് ഇവിടെ അങ്ങനെ വ്യാഖ്യാനിച്ചതുമില്ല എന്നാൽ ഇവിടെ കൂടി വ്യാഖ്യാനിക്കണ്ടേ ചേത്രരഥിയാണോ അതിവിടെ അതങ്ങനെ വ്യാഖ്യാനിക്കാൻ നോക്കത്തില്ല കാരണം ഇവിടെ കാക്ഷസേന എന്ന് പറഞ്ഞു കക്ഷസേനന്റെ പുത്രനാണ് ചിത്രരഥന്റെ പുത്രനല്ല പിന്നെ എങ്ങനെയാണ് പറയും കക്ഷസേനന്റെ പുത്രനാണെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് അത് ചിത്രരഥന്റെ സന്തതിയാണെന്ന് പറയുന്ന പറയാൻ പറ്റത്തില്ല പക്ഷെ അങ്ങനെ പറഞ്ഞു അത് ശുദ്രാധികരണത്തിൽ രണ്ടാമത്തെ സൂത്രം വായിച്ചു നോക്കാം അതുകൊണ്ടാണ് ഇതൊക്കെ വിശദീകരിച്ചത് ഇനി ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ വരും പറയാം സഹോ വാച മഹാത്മാനശ്ചതുദേവാര ഭുവനശ്യ ഗോപ താപേയ നശ്യന്തി അങ്ങനക്ക് അറിയില്ല ഇന്നിപ്പോ സമ്പർക്കവിധി പറഞ്ഞ കാര്യത്തെ സൂചിപ്പിക്കുകയാണ് വായുവിൽ പ്രാണനൻ എങ്ങനെയാണോ മറ്റുള്ള ലയിക്കുന്നത് പോലെ അതുകൊണ്ട് ഏതൊരു ദേവനിലാണോ മറ്റുള്ളതെല്ലാം വിലയും പ്രാപിക്കുന്നത് ആ ദേവൻ അത് പ്രാണനായാലും ശരി വായുവായാലും ശരിയാണെങ്കിൽ ഇനി പറയുന്ന പ്രജാപതി ആയാലും ശരി ഈ അന്നം ആർക്കു ഞാൻ യാചിച്ചത് ആ ദേവന് വേണ്ടിയിട്ടാണോ എന്ന് പറഞ്ഞാൽ വളരെ പ്രചാരമുണ്ടായിരുന്ന ഒന്നാണ് ഈ പ്രാണോപാസൻ എല്ലാ ഭാഗങ്ങളിലും കാണും പ്രാണന ഉപാസിക്കുകയോ അതാണ് ഗീതയിലും മറ്റും വരുന്നത് ബ്രഹ്മാർപ്പണം അതിൻ്റെ ഒരു ഭാഗമാണ് അഹം വൈശാനോ ഭൂതം അവിടെയും പറയുന്നത് ആ പ്രാണോപാസനയിൽ ഇനിയും പല ഭാഗങ്ങളിലും ഇതിനെക്കുറിച്ച് പറയും മുമ്പ് വന്നിട്ട് നമ്മൾ വായിച്ച് കിടന്നു പോയി വാങ്ങുക അന്നം പ്രാണനെ ഉദ്ദേശിച്ചാണ് സമർപ്പിക്കുന്നത് പ്രാണെന്നു വെച്ചാൽ പ്രാണദേവത പ്രാണദേവതയെ ഹവനം ചെയ്യുന്നു എന്നാണ് ഭക്ഷണം കഴിക്കുന്ന സങ്കല്പം അത് വെറുതെ ഒരു സങ്കല്പമല്ല അതൊരു ഉപാസനയാണ് അത് പരിഷ്കരിച്ചാണ് ഗീത പറഞ്ഞത് പറയുന്നത് ഞാൻ അന്നൻ ചോദിച്ചത് വെറുതെ വിശപ്പെടാക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണോ പക്ഷെ നിങ്ങൾ തന്നില്ല അത് മനസ്സിലാക്കാതെ എന്ന് കാപ്പേയനോട് ചോദിക്കുന്നു അപ്പോൾ അടുത്ത് കാപ്പയൻ പറയുന്നു തതുവ ശൗനകഹ കാ പ്രതിമന്വാന പ്രത്യയാത പ്രിരണ്യഷ്ടോസോ അനസൂർ മഹാന്തം അസു മഹിമാനം ആഹുർ അനധ്യമാനോ യം അതി വൈ വയം ്രഹ്മാര്യൻ ഏതം ഉപാസ്മഹേ ദവനകം പറയുന്നു നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായി ആ ദേവനെ ഞങ്ങളും ഉപാസിക്കുന്നവരാണ് എന്ന് പറയുന്നു രണ്ടുപേരും ചേർത്ത് ആര് അഭിപ്രായയും ഞാനും ശവനകനായ ഞാനും ഞങ്ങളും ആ ദേവനെ ഉപാസിക്കുന്നവരാണ് ഞങ്ങളും ആ ദേവന് വേണ്ടിയിട്ടാണ് ഈ ഹവിസ്വനെ അർപ്പിക്കുന്നത് ഹിരണ്യദംഷ്ഠ എന്നുവെച്ചിവിടെ പ്രാണദേവതയെക്കുറിച്ച് പറയുന്നു ഞാൻ വർണ്ണിച്ച് പറയും ഹിരണ്യദംഷ്ഠ ഉള്ളതാണ് തേജസ് ഉള്ളവനാണ് ഭക്ഷണത്തെ സ്വീകരിക്കുന്ന സ്വഭാവമുള്ളവരാണ് മേധാവിയാണ് ഇങ്ങനെ പല വിശേഷങ്ങളും പറയും ആ ദേവനെ ഞങ്ങളും അറിഞ്ഞുപാസിക്കുന്നവരാണ് ഉടനെ വിളമ്പ കാരനോട് പറഞ്ഞു എന്താണോ ശരി ഈ ബ്രഹ്മചാരിക്കും ഭക്ഷണം കൊടുക്കുക ഉപാസകനാണോ അങ്ങനെയുണ്ടല്ലോ യോഗ്യന്മാർക്ക് ദാനം ചെയ്യണം അത് പരീക്ഷിക്കാനും ആകാദ്യം കൊടുക്കാതിരുന്നത് തത് തസ് സർവാസുദമേ ദശം സൈഷാ വിരാഡ് അമസം ദോദം വേദ നേരത്തെ പറഞ്ഞ ആ ഉപാസനയുടെ ഫലം പറയുന്നു ദശ പഞ്ചപഞ്ചാന്തൃതി എന്താണോ വായുവിൽ അഞ്ചെണ്ണം വിലയിക്കുന്നു പ്രാണണ്ണിൽ അഞ്ച് വിലയിക്കുന്നു എന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഒരു ഉപാസനയുടെ ഫലം ഇത് പ്രാണോപാസനയാണ് അന്നാദോ ഭവതി അവൻ അന്നം വധിക്കുന്നവനായിത്തീരുന്നു ഉപാസനയുടെ ഫലം പറയുകയാണ് ോംഗന ഉപാസിക്കുന്നു സത്യകമോഹ ജാപോ ജാപരം ആമന്ത്രയാക്േ ബ്രഹ്മചര്യം വിവശയാമിംഗോത്രഹം അസ്മീതി ഉപാസിക്കുന്നു ഉപാസനയെ കുറിച്ച് പറയു ബ്രഹ്മദൃഷ്ടി സത്യകാമന ഉപദേശിക്കുന്ന ഭാഗത്ത് വിശദീകരിക്കുന്ന ഉപാസന വിധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ശ്രദ്ധ തപസോർ ബ്രഹ്മ ഉപാസന അംഗത്വ പ്രദർശനയാക്കിയായി ശ്രദ്ധയും തപസും ബ്രഹ്മോപാസനയുടെ അംഗമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് സത്യകാമോഹിഹ നാമത്തോഹ ഐതിഹ്യത്വ ജപാലായും ഇവിടെ സത്യകാമൻ എന്നാണ് യുഷിയുടെ പേര് ജപാല എന്നാണ് അമ്മിയുടെ പേര് ജപാലയുടെ സന്താനം ആയതുകൊണ്ട് ജപ്പാലൻ ജപാലാൻ സ്വം മാതനം ആമന്ത്രയാൻ ചക്രിയാമന്ത്രിതവാൻ ആ സത്യകാമൻ ബാലനാണിപ്പോൾ അമ്മയായ ജപാലയുടെ അടുത്ത് പോയി പറഞ്ഞു ബ്രഹ്മചര്യം സ്വാധ്യായ ഗ്രഹനായ ഹേ പഠിക്കാൻ ആഗ്രഹമുണ്ട് ചെറിയ കുട്ടിയായിരിക്കും പറഞ്ഞു ബ്രഹ്മചര്യെന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നതിന് സ്ഥലമാണ് സ്വാധ്യായഗ്രഹനായ എനിക്ക് വേദമധ്യയനം ചെയ്യണം അതിന് ഹേ ഭഗതി വിവസ്യാമി ആചാര്യകുലേ അതുകൊണ്ട് ഞാൻ ആചാര്യന്റെ കുലത്തിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ കിം ഗോത്രോഹം കിമസി മമഗോത്രം സ്വഹം കിം ഗോത്രോം നഹമസ്മീതി അത് അന്നത്തെ സമ്പ്രദായമാണ് ഇനിയിപ്പം നമ്മൾ ഇവിടെ എങ്കിലും ചോദിക്കും അച്ഛനാരാണോ അമ്മയാരാണോ സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ് അതുപോലെ അന്ന് ചോദിച്ചിരുന്നു അന്ന് മനുഷ്യരെല്ലാം അന്ന് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ എന്നെല്ലാം പറയുന്ന എല്ലാം ഗോത്രങ്ങളാണ് പിന്നീട് അത് ജാതിയായിട്ട് മാറിയത് പഴയകാലത്ത് ഇതെല്ലാം ഗോത്രങ്ങളായിരുന്നു ഓരോ ഗോത്രം ഗോത്രം നിരുമ്പോൾ ഓരോ സമൂഹമായി മനുഷ്യൻ താമസിക്കുന്നത് ദേശങ്ങളനുസരിച്ച് ഗോത്രത്തിന് ഭേദം വന്നു കാലത്തിനനുസരിച്ച് ഗോത്രങ്ങൾക്ക് ഭേദം വന്നു പിൽക്കാലത്തത് ജാതിയായി മാറി കിം ഗോത്രോഹം ഞാൻ ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണ് കിമസിം സോഹം കിം ഗോത്രം അസ്മി സ്വാഭാവികമായ കാര്യമാണ് നീ എവിടെ നിന്ന് ഒരു സ്ഥലത്ത് തന്നാൽ ഇവിടെ ഗുരുകുലത്തിൽ ചെന്നാലും ചോദിക്കുന്നത് ഏത് ഗോത്രമാണ് എന്ന് ചോദിക്കും അതുകൊണ്ട് നമ്മുടെ സത്യകാമൻ ഇതും വളരെ പ്രസിദ്ധമായ ഒരു ഉദാഹരണമാണ് ജപാല എന്ന് അമ്മയോട് ചോദിക്കുന്നു तात ह मेद्वेद योत्रस्वसी बहव चरंदी पिचारिणी यौवने तामल सहद योत्रस्वसी जबाला तो नाहसमी सत्युकामो नम ी സത്യകാമേവ ജാപാലോ ഭ്രഷ്ടം പുത്രം വാസ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോ ജാപാല പുത്രനോട് പറഞ്ഞു നാഹമേദത്തവ ഗോത്രം മേദ വളരെ നിസ്സഹയായിട്ട് അമ്മ പറഞ്ഞു എന്താണ് നിന്റെ ഗോത്രം എന്തെന്ന് എനിക്കറിയിട്ടില്ല ഹേതാതയോ പുത്ര യദ്ഗോത്രമസി നീ ഏത് ഗോത്രത്തിൽ പിറന്നവനാണെന്ന് എനിക്കറിയത്തില്ല എന്തുകൊണ്ടറിയില്ല അതിന് മകനോടാണെങ്കിലും ആ അമ്മ ഉള്ള കാര്യം തുറന്നു പറയുകയും എന്താണ് പറഞ്ഞത് ബഹു അഹം ചരന്തി പരിചാരണി യൗവനെ എന്റെ യൗവനകാലത്ത് അഹം ബഹുചരന്തി പരിചാരണി ത്വാം അലഭി ഒരമ്മക്ക് മകനോട് പറയാമെന്നുള്ള ഏറ്റവും സഭ്യമായ ഭാഷയിൽ പറയുകയാണ് ഇതും കൂടെ ഒരു മകനോട് പറയും അഹം ബഹുചരന്തി പരിചാരണി ഞാനൊരു പരിചാരണിയായി ബഹുചരന്തി വളരെ ചരിച്ചിരുന്നു ചരകതു പ്രവണെന്ന് വെച്ച പലരെയും പരിചരിച്ചിരുന്നു യൗവനെ അതും എന്റെ യൗവനകാലത്തിൽ ടോം അലബേ അപ്പോ നിന്നെ കിട്ടി എന്ന് പറഞ്ഞ കാര്യം സ്പഷ്ടം തരാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ പലരെയും പരിചരിച്ചു എന്നർത്ഥം വ്യക്തമായി പറഞ്ഞാൽ പല പുരുഷന്മാരും എന്നെ പ്രാപിച്ചു അപ്പോൾ എനിക്കറിയില്ല നിന്റെ അച്ഛനാരാണ് കാരണം ഗോത്രം അറിയുന്നത് എങ്ങനെയാണ് വസിഷ്ഠന്റെ പേരിൽ വാസിഷ്ഠം ഇവിടെ പറഞ്ഞു കപ്പിയുടെ പേരിൽ കാബേയം പിതാവിന്റെ പരമ്പരയിലാണ് അറിയുന്നത് അപ്പോൾ പിതാവ് ആരാണെന്ന് അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഗോത്രവും അറിയാൻ പറ്റത്തില്ല പക്ഷെ ഇത്ര ഇങ്ങനെ പറയാൻ പറ്റുമല്ലോ മകൻ്റെ അടുത്ത് ഒരുപക്ഷെ അന്നത്തെ രീതി ആയിരിക്കാം ഇത് ഇന്ന് കാണുന്നതുപോലെ മോശമായ ഒരു കാര്യമായിരിക്കില്ല പരിചാരണയാണ് പലരെയും പരിചരിച്ചു ഒരു പുത്രൻ ഉണ്ടായി അതൊരു പക്ഷെ അന്നത്തെ നിലയ്ക്ക് ഒരു സ്വാഭാവികമായ കാര്യമായിരിക്കും എന്തായാലും ഇവിടെ ജപാല അതിന് വലിയ കുറ്റബോധമൊന്നുമില്ലാതെ ഉള്ള കാര്യം അങ്ങ് പറയുകയാണ് തോം അലഭേ നിന്നെ കിട്ടി എന്നാ പറഞ്ഞത് എനിക്കങ്ങനെ ഈ ഒരു പുത്രനായി വന്നു അപ്പോ സാഹം അതാണ് എന്റെ സ്ഥിതി അങ്ങനെയുള്ളവളാണ് ഞാൻ എന്നാ നിന്റെ അമ്മ അങ്ങനെയുള്ള ആളാണ് ഏതെന്ന വേദ യദ് നീ ഏത് ഗോത്രമാണെന്ന് എനിക്കറിയാൻ പറ്റത്തില്ലെങ്കിൽ നിന്റെ അച്ഛൻ ഏതാണെന്ന് അറിയണം എന്നാലേ ഗോത്രം ഏതെന്ന് അറിയാൻ പറ്റും അച്ഛനേതെന്ന് അറിയത്തില്ല എന്നാണ് ഇത് നിന്റെ നേരിട്ടുള്ള അർത്ഥം ഈ കാര്യങ്ങളെല്ലാം അഹം ബഹുചരന്തി പരിചാരണി എന്ന് പറയുന്നതിന് അത് ഇക്കാര്യം വ്യക്തമാണ് സാമാന്യമായി ഭാഷ മനസ്സിലാക്കാവുന്നവർക്ക് ഇത് വ്യക്തമാണ് ചരന്തി ബഹുചരന്തി എന്നുള്ളത് അത് തന്നെ ചിരകത്ത് പ്രാവണയിച്ച ഗമിക്കുക പ്രാപിക്കുക എന്നുള്ള അർത്ഥമാണ് ഗോത്രത്തിൽപ്പെട്ടവനാ അറിയാൻ വയ്യവിടെയാണ് അവശൂദാധികരണത്തിലെ നാലാമത്തെ സൂത്രത്തിന്റെ ഭാഷയത്തിൽ ഭാഷ്യകാരം ബുദ്ധിയൊണ്ട് പറഞ്ഞത് എന്താണോ ഇവിടെ സത്യകാമന ബ്രാഹ്മണനാകണം അങ്ങനെ ആക്കിയാലെന്താണ് സൂദനു വിദ്യ നിക്ഷേപിക്കുക ഇവിടെ ഇപ്പം ജപാല തുറന്നു പറയുന്നുണ്ട് നിന്റെ അച്ഛൻ ആരാണെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് നിന്റെ ഗോത്രം അറിയത്തില്ല അപ്പം നീ ആരുമാകാം ആരെയൊക്കെ പരിചരിച്ചു എന്നറിയാം അതാണ് പരമാർത്ഥം ഞാൻ നിന്റെ ഗോത്രത്തെ അറിയുന്നില്ല എന്ന് പറയുന്നതിന്റെ നേരിട്ടുള്ള അർത്ഥം അതാണ് നിന്റെ അച്ഛൻ ആരാണെന്ന് എനിക്ക് വ്യക്തമല്ലെന്നൊന്നാണ് അല്ലെങ്കിൽ അറിയണമല്ലോ പിന്നെന്താ പറയുന്നത് അച്ഛന്റെ പേരിൽ അറിയാൻ പറ്റത്തില്ല സാധാരണ അങ്ങനെ സംഭവിക്കുക അറിയില്ല ഇവിടെ വേദത്തിൽ ഏത് കൃഷിയുടെ പേര് പറഞ്ഞാലും ശരി അച്ഛന്റെ പേരിലറിയത്തുള്ളു ഔദാലകി അരണ്യ ഉദാലകന്റെ പേരിലാണ് അതുപോലെ ഇവിടെ ധാരാളം സന്ദർഭങ്ങൾ വരും പക്ഷെ അച്ഛനാണെന്ന് അറിയില്ലെങ്കിൽ എന്തു ചെയ്യും പറയുന്നു സത്യകാമയേവ ജാപാലോ നീ മാത്രം ജാപാലനായിട്ട് അറിയണം ജപാലയുടെ സന്തതിയായ ജാപാലൻ അച്ഛന്റെ മോനൻ തുറന്നു പറയുകയാണ് ഇത് പറഞ്ഞാൽ മനസ്സിലാവും ചെന്ന് ഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി നീ ആരാണോ നിന്റെ പേര് സത്യകാമു നാമ സത്യകാമൻ എന്നാണ് നിന്റെ പേര് അത് ഞാൻ നിനക്ക് തന്ന പേര് പക്ഷേ തൊമസി സത്യകാമ അതുകൊണ്ട് നിന്റെ പേര് ചോദിക്കുമ്പോൾ സത്യകാമൻ എന്ന് പറയണം പക്ഷേ നിന്റെ ഗോത്രം ചോദിച്ചാൽ അച്ഛന്റെ പേരിൽ പറയാനില്ലാത്തതുകൊണ്ട് ജാബാലു ദ്രുവീത ജബാലയുടെ പുത്രി എന്ന് പറഞ്ഞാൽ മതി പുത്രൻ എന്ന് പറഞ്ഞാൽ മതി ഈ സാധാരണ പറയുന്ന അച്ഛന്റെ പേരിൽ മകൻ അറിയപ്പെടുന്നതിന് പകരം അമ്മയുടെ പേരിൽ അറിയപ്പെടുക അത് അത്യാപൂർവമായ സംഭവമാണ് എന്തുകൊണ്ടങ്ങനെ പറയേണ്ടി വന്നു ജബാലയ്ക്ക് കാരണം സ്പഷ്ടമാണ് ഒരച്ഛനില്ല പറയാൻ പ്രത്യേകിച്ച് ഒരാളില്ല ഇനി ഭാഷ്യകാരൻ ഇതിന് എന്തൊക്കെ അഭ്യാസം കാണിക്കുന്നു നോക്കാം എന്തിനും സത്യകാമൻ ഒരു ബ്രാഹ്മണന്റെ പുത്രനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഈ പറയുന്ന അതുമായിട്ട് യാതൊരു ബന്ധമില്ല അതുകൊണ്ടാണ് ഞാനത് ആദ്യമേ പറഞ്ഞത് ആദ്യം ഭാഷ ചിലപ്പോൾ നിങ്ങൾ പോകുന്നു അതാണ് ശരിയത് അത്രയും സമർത്ഥമായിട്ടാണ് എഴുതിയിരിക്കുന്നത് അറിഞ്ഞുകൊണ്ടാ സത്യം പറയില്ല എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നവൻ ഭ്രഷ്ട ജാപാല സഹേനും പുത്രവും വാച ജപാല പറഞ്ഞു എന്താണോ നിന്റെ ഗോത്രം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എന്തുകൊണ്ടറിയില്ല അതിന് ജാപാല മറുപടി പറഞ്ഞു എന്താണോ ജപാല ബഹുഹം ചരന്തി പരിചാരണി ഞാനൊരു പരിചാരണിയായിരുന്നു വീട്ടുവേലക്കാരിയായിരുന്നു ഒരുപാട് വീട്ടിൽ പോയി പണിയെടുത്തിട്ടുണ്ട് അതിന് പറയുന്ന എന്താണ് ഭർതൃഗ്രഹേ ബഹുപരിചര്യാജാതം അതിഥി അഭ്യാഗതാദി ശരന്ദേഹം പരിചാരിണി ഞാനെന്റെ ഭർത്താവിന്റെ വീട്ടിൽ പറയുന്നത് എനിക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നു ആ ഭർത്താവ് ബ്രാഹ്മണനാണ് ബഹുപരിചര്യാജാതം ഞാനവിടെ നിരന്തരം ജോലിയിലായിരുന്നു അതിഥി അഭ്യാഗതാദി അതിഥികളെ വരുന്നവരെയൊക്കെ ചരന്തി അഹം പരിചാരണി പരിചരന്തി പരിചരണ ഞാൻ വരുന്നവരെയൊക്കെ നിരന്തരം ശുശ്രൂഷിച്ചുകൊണ്ട് എന്റെ ഭർത്താവായ ബ്രാഹ്മണന്റെ വീട്ടിൽ അതിഥികളെ നോക്കുകയായിരുന്നു പരിചരണ ചിന്തയാണ് അങ്ങനെ സദാസമയം എന്റെ മനസ്സിന് രാവും പകലും എന്നാൽ ഈ ആൾക്കാരെ ശുശ്രൂഷിക്കുക ശുശ്രൂഷിക്കുക ഇങ്ങനെ ചിന്തിച്ചിത് ഗോത്രാധിസ്മരണയും മമം മനോനാഭു ഈ ഗോത്രം സ്മരിക്കുന്ന അത് മാത്രം മനസ്സിലൊന്നില്ല നിന്റെ അച്ഛന്റെ ഗോത്രം അതങ്ങോട്ട് വളരെ കാലം ഇങ്ങനെ പരിചരിച്ച് പരിചരിച്ച് അതങ്ങ് മറന്നുപോയി ഗോത്രാദിസ്മരണയും മമ മനോനാഭു യൗവനെ വീട്ടിൽ വരുന്ന ആൾക്കാരെ പരിചരിച്ച് പരിചരിച്ച് ഭർത്താവിനെ മറന്നുപോയി ഭർത്താവിന്റെ പേര് മറന്നുപോയി ഗോത്രം മറന്നുപോയി എത്ര രസകരമായിട്ടാ പറയുന്നത് അപ്പൊ നിന്നെ കിട്ടി അത് മറന്നില്ല ലബ്ധവ്യസ്മി തനി ഇനി കൊണ്ട് കഥപ്പെടെ തീർന്നില്ല ഞാനിങ്ങനെ ശിശുരൂഴ് ശിശുരച്ചിരിക്കെ എല്ലാം മറന്നു തേ പിതാവരതെങ്കിൽ എന്റെ അച്ഛൻ മരിച്ചുപോയി അതോ അനാഥാഹം ഞാൻ അനാഥിയായി സാഹമേതെന്ന വേദയത് ഇങ്ങനെ ആയിക്കോട്ടെ എന്നാലും ഈ പയ്യന്റെ തന്റെ ആരാണെന്ന് പേരെങ്കിലും ബാക്കിയെല്ലാം മറന്നു ചോദിക്കാൻ വേണോ ഈ പറയുന്ന അസംബന്ധമാണ് കാരണം അങ്ങനെ ഒരു ഒരു വിവാഹം കഴിഞ്ഞ് ഒരു ഭർത്താവിനോടുകൂടി ആണ് താമസിക്കുന്നതെങ്കിൽ വിവാഹത്തിന് മുമ്പ് തീർച്ചയായും ഗോത്രം അറിഞ്ഞിരിക്കും ഭർത്താവിന്റെ പേരറിഞ്ഞിരിക്കും ഇത് രണ്ടും എന്തായാലും അറിയാതെ വരത്തില്ല അല്ല വിവാഹം നടക്കത്തില്ല ഇപ്പൊ ഗുരുകുലത്തിൽ ചെല്ലുമ്പോൾ തന്നെ ഗോത്രം ചോദിക്കുന്നു അപ്പോൾ അന്ന് നിയമം അനുസരിച്ച് കന്യാദാനത്തിന് കൊടുക്കുന്ന പുരുഷൻ്റെ ഗോത്രം അറിയുന്നു ഗോത്രം അറിയാമെന്ന് ഇടക്കത്തില്ല വിവാഹം കഴിഞ്ഞ് പരിചയ ഗോത്രത്തെ സ്മരിച്ചില്ല എന്ന് പറയുന്നത് അത് പറയുകയെന്ന് പറഞ്ഞു ഇരുട്ടുകൊണ്ട് ഓട്ടം ഇടയ്ക്ക് എന്നെ പറയും പിന്നെ ആ പിതാവ് മരിച്ചുപോയി എന്നാ പറയുന്നത് എൻ്റെ ആ പേരിൽ പറയാത്തുന്നത് നിൻ്റെ അച്ഛൻ്റെ പേര് അതുകൊണ്ട് നീ ജാപാലെന്നല്ല െന്നോ അല്ലെങ്കിൽ ശൗനകനെന്നോ അങ്ങനെയുള്ള പേര് അത് പറഞ്ഞതുമില്ല എന്തായാലും ഗോത്രം മറന്നുപോയി പിതാവ് മരിച്ചപ്പോ എന്താ പേര് മറന്നുപോയി നീ ജപാലയുടെ പുത്രനാണെന്ന് എന്തോണ്ടോ പറഞ്ഞു അച്ഛന്റെ പേര് പറയാത്തത് പിന്നെ അച്ഛന്റെ മകനാണ് അതച്ചനില്ലാത്തോണ്ടത് പറയാത്തത് അക്കാര്യത്തിലൊക്കെ ഭൗഷ്യൂടെ മോനം ഇരിക്കുകയാണ് അച്ഛൻ മരിച്ചു പോയി ശരി അച്ഛൻ മരിച്ചു പോയി പറയാം അതും മറന്നുപോയെങ്കിൽ പറയാത്ത ശരി എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ അനിയന്മാരും ഒക്കെ ഉണ്ട് പോയി ചോദിക്കുക ഏതാ ഗോത്രം അങ്ങനത്തെ രീതിയിലെ എളുപ്പമാണുണ്ടോ ആരെങ്കിലും ബന്ധുക്കൾ കാണാതിരിക്കും അച്ഛൻ അല്ലേ മരിച്ചു പോയുള്ളൂ ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെ അടുത്ത് നീ പോയി ചോദിക്കുക ഗോത്രം അല്ലെങ്കിൽ ഇവിടെ നിന്നുണ്ട് ഞാനിപ്പോൾ പോയി ചോദിച്ചിട്ട് വരാം അത് കഴിഞ്ഞ് പോയാൽ മതി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പക്ഷെ അങ്ങനെയൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത് ജീവിച്ചിരുന്നപ്പോൾ ഭർത്താവിന്റെ പേരറിയില്ലായിരുന്നു ഗോത്രം അറിയില്ല മരിച്ചതിന് ശേഷം ആരോടെങ്കിലും ചോദിക്കാത്ത എന്തെന്താ ഗോത്രം ഇങ്ങനെ പയ്യന്നൊരാവശ്യം വരും സാധാരണ സ്കൂളിൽ ചേർക്കാൻ കൂടി ഇല്ലുമ്പോ ജനന സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കുന്നതുപോലെ ജനിച്ചപ്പോ ഒന്നും ചെയ്തില്ലെങ്കിലും പിന്നീട് ചെയ്യാറുണ്ടല്ലോ അതുപോലെ ഇതൊക്കെ പിന്നീടും തിരക്കി പിടിച്ച് മകനോട് പറയാമായിരുന്നല്ലോ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് കാര്യം തുറന്നും പറഞ്ഞു എന്താണ് എന്നെ കിട്ടിയതാണ് അതിൻ്റെ പിന്നിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാൻ കൊള്ളത്തില്ല ജാപാലാതു നാമാഹമസ്മി സത്യകാമു നാമ തൊമസി പക്ഷെ നിന്റെ പേര് സത്യകാമൻ എന്നാണ് എനിക്കൊരച്ഛന്റെ പേരിൽ അറിയപ്പെടാൻ സാധ്യമല്ല ഇവിടെ ഭാഷകാരൻ എന്താ ഉദ്ദേശിച്ചത് ഈ സത്യകാമൻ ഇങ്ങനെ വ്യാഖ്യാനിച്ചെന്നൊരു ബ്രാഹ്മണന്റെ പുത്രനാണ് അതുകൊണ്ടാണ് അടുത്ത സത്യകാമന് ഉപദേശം കൊടുത്തത് അത് സമർത്ഥിക്കും ഒരു സൂത്രത്തിന്റെ ഭാഷ്യത്തിൽ ഇത് മുഴുവജീവിച്ചിട്ടുണ്ട് സൂത്രത്തിൽ ഇതിനെ കുറിച്ചൊന്നും പറയുന്നതുമില്ലാതെ മറ്റൊരു രസം സൂദ്രത്തിൽ കാര്യമേ പറയുന്നുണ്ട് പക്ഷെ ഭാഷയത്തിന് അതെല്ലാം ഇടിവെച്ച് അവിടെ എന്താണ് സൂദനെ ദ്രോഹിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രം അല്ലെങ്കിൽ ഇതിങ്ങനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല എങ്ങനെയാണോ മന്ത്രത്തിലുള്ള അതുപോലെ വ്യാഖ്യാനിച്ചാൽ ഞാനൊരുപാട് പേരെ പരിചരിച്ചു നിനക്ക് നിന്നെ എനിക്ക് കിട്ടി അതുകൊണ്ട് നിന്റെ അച്ഛനാരാണെന്ന് എനിക്ക് അറിയത്തില്ല ഇത്രയും ഇവിടെ പറയുന്നു അതിനെ വളച്ചു തിരിച്ച് ണൻ ആക്കിയെടുക്കും സത്യകാമേവാഹം ജാപാലോ ഹസ്മി ആചാര്യ ബ്രുവീത നീ പോയി ആചാര്യനോട് പറയണം ഞാൻ ജപാലയുടെ പുത്രനാണോ സത്യകാമൻ എന്നാണ് പേര് ആചാര്യപ്രഷ്ഠ ആചാര്യൻ ചോദിച്ചാൽ അങ്ങനെ പറയുക എന്നാണ് സഹത ഹരിദ്രുമതം ഗൗതമം ബ്രഹ്മചര്യം ഭഗവതി പശ്യമി ഉപേയാം ഭഗവതമതി തംഹോവാചോത്രോ സോമ്യസീതി സഹോവാച നാഹമേതേത ഭൂ യോത്രോഹമസ്മി അപൃച്ഛം മാതരം സത്യബ്രവീവഹരന്ത പരിചാരണീ യൗവനി ഓലഭേ സഹമേദ യദ്ഗോത്രമസി ജബാലാമാഹമസ്മി സത്യകാമോ നമ ക്കീതി സോഹം സത്യഗാമോ ജാപാരസ്മി ഭംഹോവാച നൈതദ് അബ്രാഹ്മണോ വിവിക്തമർതി സമിം സോമ്യഹര ഉപന്നേ നദഗാതി തമുനീയ കൃഷ അബലാ ചരാചോമ അനുസം്രജേതി ത അഭി പ്രസ്ഥയസഹസ്രേണ ആവർത്തേതി സർഷഗണം പ്രോവാച തഹസ്രം സമ്പേദ സഹാ സത്യകാമോ ഹരിദ്രുമതം ഹരിദ്രുമതോ അപത്യം ഹരിദ്രുമതം ഗോതമം ഗോത്ര സത്യകാമൻ എന്തു ചെയ്തു പോയി ഗോതമ ഋഷിയെ സമീപിച്ചു ഗോതമനാലാണ് ഹരിദ്രു മതം ഹരിദ്രു മതോ അപത്യം ഹരിദ്രുമൻ എന്ന് പറയുന്നത് ഋഷിയുടെ പുത്രനാണ് പുലിയും പറയുന്നത് അച്ഛന്റെ പേരില്ല അമ്മയുടെ പേരിലെല്ലാം പറയുന്നു അത് സാധാരണ ലക്ഷ്യമാരെ കുറിച്ച് പറയുമ്പോഴെല്ലാം പറയും ആ ഗോത്രത്തെ പരിചയപ്പെടുത്താനും വംശപരമ്പരയെ പരിചയപ്പെടുത്താനും സത്യകാമന് മാത്രം അത് സാധ്യമല്ല അമ്മയുടെ പരമ്പരയെ പറയാൻ പറ്റൂ ഗൌതമം ഗോത്രത യേത്യ ഗൗതമനെ ഗോത്രത്തിൻ്റെ ബ്രഹ്മചര്യം ഭഗവതി പൂജാവതി തൊയ് മഹാത്മാവേ അങ്ങയുടെ അടുത്ത് എനിക്ക് വിദ്യ പഠിക്കണതാണ് ബ്രഹ്മചര്യം എന്ന് പറയും വേദാധ്യയനം ചെയ്യണം മത്സ്യാമിം ശിഷ്യതയാ ഞാനിതാ ശിഷ്യനായും അങ്ങനെ സമീപിച്ചിരിക്കുകയാണ് എന്നെ കൈവിടരുത് ഭഗവന്തം തമ്പോവാച ഗോതമ ഗൗതമൻ മഹാനായ ചേരനായിരുന്നു അദ്ദേഹം ചോദിച്ചു കിൻ ഗോത്ര സോമ്യാസി മകനെ ഗോത്രം ഏതാണ് സാധാരണ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഏത് ഗോത്രത്തിൽ പറഞ്ഞവനാണ് അതാണ് പിന്നീട് ജാതി ചോദിക്കുന്നതായി മാറിയത് ഗോത്രമാണ് ജാതിയായി മാറി പിന്നെ ആ ഗോത്രം ചോദിക്കുന്നതിന് വേണ്ടി ജാതി ചോദിക്കാൻ തുടങ്ങി വിജ്ഞാകുലഗോത്ര ശിഷ്യ ഉപനയെ ഇതി പൃഷ്ഠപ്രത്യാഹ കുലം ഗോത്രം ഇതെല്ലാം അറിഞ്ഞു വേണം ഒരു ശിഷ്യനെ ഉപനയനം ചെയ്യേണ്ടത് ഇതി പൃഷ്ടഹപ്രത്യാഹ സത്യകാമ സഹോ ചാഹമേതദ് സത്യകാമൻ ഉള്ള കാര്യം തുറന്നു പറഞ്ഞു എനിക്കത് അറിയത്തില്ലോഹമസ്മിഗോത്രമാണ് എന്നുള്ളത് അറിയത്തില്ല അപൃം എന്താ നീത് അന്വേഷിച്ചില്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നീ അമ്മയോട് ചോദിച്ചില്ലേ പൃഷ്ടവാനസ്മി മാതരം ഞാനെന്താണോ അമ്മയോട് ചോദിച്ചു ഗോത്രം എന്റെ പേരും ഒക്കെ അമ്മിയോട് ചോദിച്ചു സ മയാ പൃഷ്ട്രീ മാതാ എന്നോടമ്മ മറുപടിയും പറഞ്ഞു എന്താണ് ബഹുഹൻ ചരന്തി ഇത്യാദി അമ്മ എന്ത് പറഞ്ഞോ അത് ഒരക്ഷരം പോലും കളയാതെ അതുപോലെ പറഞ്ഞു ശങ്കരാചാര്യർക്ക് മനസ്സിലായില്ലെങ്കിൽ ഋഷിക്ക് മനസ്സിലായി എന്താ പറഞ്ഞെന്നുള്ളത് അഹം വജസ്മരാമി സുഹം സത്യകാമോ ജ്യാബാലോസ്മിഭോ നിനക്കൊരച്ഛനില്ല അച്ഛൻ്റെ പേരിൽ നിനക്കിനി അറിയപ്പെടാൻ കഴിയത്തില്ല അമ്മയുടെ പേരിൽ അറിയപ്പെടാൻ കഴിയൂ ജ്യാബാലൻ എന്നേ പറയാൻ കഴിയൂ ഇത് കേട്ടപ്പോൾ ഏഷ്യ കാര്യം മനസ്സിലായി എന്താണ് അവൻ സത്യം പറയുന്നു അതാണവിടെ മുഖ്യം ഏഷ്യ സ്വീകരിച്ചത് അബ്രാഹ്മണോ വിവയ്ക്കും സത്യം അബ്രാഹ്മണന് പറയാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ എന്താണ് സത്യം പറയുന്നവൻ ബ്രാഹ്മണനാണ് ശൂദ്രോഹി അനർഥവാക് അങ്ങനെയും പറയും ശൂദ്രൻ അനർഥം പറയുന്നവനാണ് കള്ളം പറയുന്നവനാണ് ശൂദ്രൻ സത്യം പറയുന്നവൻ ബ്രാഹ്മണനാണ് നെയ്ചോ അബ്രാഹ്മണോ വിശേഷിയണോ ഭക്ത മർഹതി ആർജവാർത്ഥ സംയുക്തം ഇതെന്താണ് നേർവാക്കാൻ എന്താണോ അമ്മ പറഞ്ഞത് അതുപോലെയാണ് പഴയകാലത്ത് ഇവിടുന്ന് വടക്കേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ആൾക്കാർ കുറച്ചു മുമ്പ് വരെ ഞങ്ങളൊക്കെ പോയ കാലം വരെ എന്നും വേണമെങ്കിൽ അതിൽ പോയി അവിടെ ചെന്നുകഴിഞ്ഞാൽ ആശ്രമത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ചോദിക്കും ഏതാഗോത്രം സന്യാസി ആണെങ്കിലും അല്ലെങ്കിലും ചോദിക്കും ഏതാ എന്ന് ചോദിക്കും ഇവിടുന്ന് പോകുന്ന എല്ലാ ശുദ്ധന്മാരും പറയും വാസിഷ്ഠ ഗോത്രം മറ്റേ കുലം കാരണം അതനുസരിച്ചാണ് അവിടുത്തെ സീറ്റ് വേറെ സീറ്റ് കിട്ടുന്ന അതനുസരിച്ചിട്ടാണ് അല്ല ഉള്ള കാര്യം പറയാണ് ഞാൻ നായരാണ് ഇരുവനാണ് അല്ലെങ്കിൽ മറ്റാണെന്നൊക്കെ പറഞ്ഞു പോക്കാണ് അവിടെ എന്തെങ്കിലും ഒരു സ്ഥാനം അവിടെ കിട്ടും പക്ഷെ അത് നീ താഴെയായിരിക്കും അതുകൊണ്ട് ഇവിടുന്ന് പോകുന്ന സകല ആൾക്കാർ നീ ഗോത്രം പറഞ്ഞിട്ടാണ് അവിടെ ആശ്രമങ്ങൾ കയറിപ്പറ്റുന്നത് രക്ഷയില്ല അവിടുത്തെ രീതിയാണ് പക്ഷെ ഇവിടെ ഒരു അതിനൊരു സംഭവം ഉണ്ടായി ഒരാള് ഒരു ബ്രഹ്മചാരി ഒരാശ്രമത്തിൽ പോയി ഞാനവിടെ ഉള്ള സമയത്താണ് അപ്പൊ അയാൾക്ക് ഈ ആശ്രമത്തിന്റെ രീതി ഒന്നും അറിയത്തില്ല അവിടുത്തെ രീതി അയാടത്ത് ചെന്ന് ചോദിച്ചതിന്റെ ഗോത്രം ഏതാണ് അപ്പോ അയാൾക്ക് അയാൾക്ക് ഈ സംഗതി ഇങ്ങനെ പറയണമെന്ന് അറിയത്തില്ല സാധാരണ അവിടെ പോയി ആദ്യം ഏതെങ്കിലും സ്വാമി വരെ കണ്ടുപിടിച്ചാൽ അവർ ട്രെയിനിങ് കൊടുക്കും ഇവിടെ ഇങ്ങനെ വേണം പറയേണ്ടത് ഞാനീ ഉള്ള കാര്യമൊന്നും പറയരുത് അവിടുത്തെ ജാതിയും മതം ഒന്നും ഇവിടെ പറയരുത് ഇനി കാര്യം കാണാൻ പറ്റില്ല നേരത്തെ നേരെ ഇയാൾ പോയിപ്പെട്ടു ഒരു സ്വാമിയുടെ അടുത്താണ് അപ്പോ അയാൾ പറഞ്ഞു ഞാൻ ശൂദരനാണ് എന്ന് പറഞ്ഞു ഇവിടെ സത്യകാമൻ ഉള്ളത് പറഞ്ഞതുപോലെ സ്വാമിയെന്തെയ്തു അയാളെ ശിഷ്യനായി സ്വീകരിച്ചു അയാളെ വിദ്യയെല്ലാം പഠിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഒരുപക്ഷെ ഈ ഗൌതമന്റെയും സത്യകാമന്റെയും ഇത് ഓർത്തിട്ടായിരിക്കും അദ്ദേഹം ബ്രാഹ്മണനായ സന്യാസി ശൂദന സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ പേരോൺ ഹരിഹര തീർത്ഥ എന്ന് പറയും വളരെ പ്രസിദ്ധനായ സന്യാസിയാണ് ഇങ്ങനെ ഒരാളെ സ്വീകരിച്ച് ഉപദേശം കൊടുത്തു താമസിപ്പിച്ചു അങ്ങനെ ഭേദമൊന്നും കാണിച്ചില്ല അങ്ങനെയൊക്കെ ഭേദമുള്ള ആളാണ് പക്ഷെ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ എന്താണ് ഇവിടെ ഗൌതമൻ പറഞ്ഞതുപോലെ ഇതബ്രാഹ്മണോ വിവക് വിവക്തുമർഹതീ അബ്രാഹ്മണൻ ഒരിക്കലും പറയുന്നില്ല സത്യം പറയുന്നവൻ അതുകൊണ്ട് നീ ബ്രാഹ്മണനാണ് അപ്പോ ഇങ്ങനെയും ബ്രാഹ്മണത്വത്തെ സമർത്ഥിക്കാം സത്യം പറയുന്നവൻ ബ്രാഹ്മണനാണ് എന്ന് സമർത്ഥിക്കാം പക്ഷെ ഭാഷകാരൻ അങ്ങനെയല്ല സമർത്ഥിക്കുന്നത് ഇവൻ ഒരു ബ്രാഹ്മണ കുലത്തിൽ പിറന്നവനാണ് അതുകൊണ്ടാണ് ഇവനെ സ്വീകരിച്ചത് അതുകൊണ്ടാണ് അവൻ സത്യം പറഞ്ഞത് ഋഷി പറയുന്നത് എന്താണോ രണ്ടുമില്ല വ്യത്യാസം നോക്ക ശ്രുതി എന്താണ് പറയുന്നത് സത്യം പറഞ്ഞതുകൊണ്ട് അവൻ ബ്രാഹ്മണൻ ശങ്കരാചാര്യെന്താണ് പറയുന്നത് ബ്രാഹ്മണനായതുകൊണ്ട് അവൻ സത്യം പറഞ്ഞു അവന് രണ്ടും നമ്മളുടെ വ്യത്യാസം രണ്ടുപേരുടെയും കാഴ്ച വരുന്ന വ്യത്യാസം ഇതാണ് കാഴ്ചപ്പാടി വരുന്ന വ്യത്യാസം ശ്രുതിയുടെ കാഴ്ചപ്പാടും ശങ്കരാചാര്യ കാഴ്ചപ്പാടും സത്യം പറയുന്നവൻ ബ്രാഹ്മണനാണെന്നുള്ള സ്വീകാര്യമാണത് വിവാദത്തിന് വഴി ആര് സത്യം പറയുന്ന അവൻ ബ്രാഹ്മണൻ മറിച്ചാണെങ്കിലോ ബ്രാഹ്മണൻ മാത്രമേ സത്യം പറയൂ മറ്റുള്ളവർ ക്ഷത്രിയ എല്ലാം കള്ളം പറയുന്നവരാണെന്ന് പറയും അതാണ് ശങ്കരാചാര്യെ വിമർശിക്കുന്നത് അതുകൊണ്ടാണ് അവശൂദരാധികരണത്തിൽ ഇത്രയും സാഹസശ ശങ്കരാചാര്യർ കാണിച്ചത് ശൂദ്രൻ വേദം പഠിക്കാൻ പാടില്ല ത്രയും വാശി പിടിച്ച് ഇതിനെ അവിടെ കൊണ്ടുപോയി അങ്ങനെ വ്യഖ്യാനിച്ച് ഇവിടെ ഇങ്ങനെ തിരിച്ച് വളച്ചു മുറച്ചൊക്കെ വ്യാഖ്യാനിച്ച് അഭ്യാസങ്ങളെല്ലാം കാണിക്കുന്നതിന്റെ പിന്നിൽ അതാണ് അത് ജന്മം കൊണ്ട് തന്നെ തീരുമാനിക്കണം ഒരു കുലത്തിൽ പിറന്നാൽ ആ കുലത്തിന്റെ പേരിൽ വേണം വിദ്യ സ്വീകരിക്കേണ്ടതും കൊടുക്കേണ്ടതും ഇല്ല അങ്ങനെ പറയുന്നൊരു ഭാഗം മഹാഭാരതത്തിനും മറ്റുമുണ്ട് കുലത്തിനനുസരിച്ച് വേണം ഇത്തരം കാര്യങ്ങൾ ഒരു കുലത്തിൽ പറഞ്ഞവന് ആ ജാതിയിൽ അറിയപ്പെടുന്നു എന്നുള്ളതല്ലോ അതിനൊരു ജാതിയായി പറയുക കുലമോ ഗോത്രമോ ജാതിയോ അതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങൾ ഗോത്രത്തിൽപ്പെടുന്നോണ്ട് അവൻ ബ്രാഹ്മണൻ എന്നറിയുന്നു വേറൊരു ഗോത്രത്തിൽ പറയുന്നുണ്ട് ക്ഷത്രിയനെന്നറിയുന്നു ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതിനല്ല വിശേഷത അതിൻ്റെ പേരിലുള്ള വിശേഷാധികാരങ്ങൾ എല്ലാവർക്ക് വിദ്യയ്ക്ക് അധികാരമുണ്ട് എല്ലാവർക്ക് വിദ്യയ്ക്ക് അധികാരമില്ല സനസ് ജാതിയും അതാണ് മഹാഭാരതം ശങ്കരാചാര്യളുടെ ഭാഷയും അതിനകത്തുണ്ട് വിദർക്ക് ജ്ഞാനിയാണ് അവിടെ ശങ്കരാചാര്യ രൂഢാർത്ഥമാണ് പക്ഷെ വിദ്യ ഉപദേശിക്കുന്നതിന് അവകാശമുണ്ട് അതിനെയും ചൂദനായതുകൊണ്ട് ആസൂത്രണ മാത്രമാണ് ക്ഷത്രിയനും വിദ്യ സ്വീകരിക്കാനായി അവകാശമുള്ളൂ ഉപദേശിക്കാൻ അവകാശമില്ലെന്നാണ് അതിന് ശങ്കരാചാര്യ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിദ്യ സ്വീകരിക്കാൻ വേദം പഠിക്കാം ഞാനിയാകും പക്ഷെ ഉപദേശിക്കാൻ പാടില്ല ശ്രുതി തന്നെ എത്രയോ ഉദാഹരണങ്ങൾ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ക്ഷത്രിയനായ രാജാവിന്റെ അടുത്ത് ബ്രാഹ്മണീനെ നമ്മൾ പഠിക്കും ബ്രാഹ്മണ ഉപദേശം സ്വീകരിക്കുന്നു ആ കാലഘട്ടത്തിൽ അങ്ങനെ ഗോത്രമനുസരിച്ച് അറിവുള്ളവരുടെ അടുത്ത് പോയി വിദ്യ സ്വീകരിക്കുക അത് ബ്രാഹ്മണനോ ക്ഷത്രിയനോ അങ്ങനെയൊന്നും പക്ഷേ ശങ്കരാചാര്യരുടെ പാടില്ല ബ്രാഹ്മണൻ അല്ലാതെ സന്യാസം സ്വീകരിക്കാൻ പാടില്ല പറഞ്ഞിട്ടുണ്ട് അതും പറഞ്ഞിട്ടുണ്ട് ഭാഷ്യത്തിൽ തന്നെ അപ്പൊ വിദരൻ ഉപദേശിക്കാൻ പാടില്ല ക്ഷത്രിയെന്നുമല്ല ശൂദ്രനാണ് വിദരന് ദാസീപുത്രൻ അതുകൊണ്ട് ശൂദരനായിട്ടാണുള്ള കാര്യം അതുകൊണ്ട് സനസുജാതനെ സ്മരിച്ച് സനസുജാതി ഉപദേശിക്കുന്നു അതിന് വേണ്ടിയിട്ടാണ് ഒരു സനസുജാതി ഭാഷ്യകാരൻ ശങ്കരാചാര്യരാണെന്നും അല്ലെന്നും പറയുന്നു അത് കാര്യം എന്തായാലും ആ ഒരു ഗ്രന്ഥത്തിന്റെ താല്പര്യം ഇത് ഇതിനു വേണ്ടിയിട്ടാണ് അവിടെ വിശേഷിച്ച് ബ്രഹ്മവിദ്യ അത് ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുള്ളൂ പക്ഷെ അങ്ങനെയൊന്ന് കൂട്ടിച്ചേർത്തത് അതിനിടയ്ക്ക് കൂട്ടിച്ചേർത്തതിനു വേണ്ടിയിട്ടാണ് എന്താണ് വിദ്യ ഉപദേശിക്കുന്നതിന് ശൂദ്രനായ വിദ്യകൾക്ക് അവകാശമുണ്ട് അവിടെ ശൂദ്രനാരാണ് ശബ്ദമാണ് ജാതിശൂദനാണ് അവിടെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനി എന്ന് അതങ്ങനെ വ്യാഖ്യാനിക്കുന്നില്ല ബ്രാഹ്മണനും സങ്കരം വ്യാഖ്യാനിച്ചിട്ടുണ്ട് ബ്രാഹ്മണൻ ആണെങ്കിൽ കാര്യം പറഞ്ഞു പറഞ്ഞു പക്ഷെ വിദരുടെ കുറിച്ച് പറയുമ്പോൾ അത് പറയത്തില്ല ബ്രഹ്മജ്ഞാനി ആയതുകൊണ്ട് ബ്രാഹ്മണൻ എന്നുള്ള പറയുന്നത് ബ്രഹ്മജ്ഞാനിയാണെങ്കിൽ ശൂദ്രൻ എന്നാണ് ഇതെന്തിന അധികാരങ്ങളും അവശ അവകാശങ്ങളും എല്ലാം ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം സംരക്ഷിക്കാൻ വേണ്ടി ചെയ്ത അതാണ് ഇവിടെയും ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തു കൃത്രിമ വ്യാഖ്യാനം ഇതിനെക്കുറിച്ചും വേദാധികാര നിരൂപണത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് അവിടെ വായിച്ചു നോക്ക് ഇത് ബ്രാഹ്മണോ വിവക്തുമർഹതി ഇങ്ങനെ വ്യക്തമായി സത്യത്തെ വിളിച്ചു പറയാൻ ഇന്നവൻ ബ്രാഹ്മണൻ തന്നെയാണ് ഒരു സംശയം വേണ്ട സത്യം പറയുന്നവൻ ബ്രാഹ്മണനാണോ പിന്നെ വേറൊന്നും ആലോചിച്ചല്ലോ ഇനി എന്താണോ അങ്ങനെ എന്തെങ്കിലും സംശയം നിന്റെ അച്ഛൻറെ ബന്ധുക്കളെയൊക്കെ വിളിച്ചോണ്ടോ ഞാനൊന്ന് ചോദിക്കട്ടെ ഇതൊന്നും ഇവിടെ ദൂതിച്ചില്ല ഇവൻ ബ്രാഹ്മണനാണ് എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ അതൊക്കെ അന്വേഷിച്ചില്ല അമ്മ പറഞ്ഞ കാര്യം പറഞ്ഞു മനസ്സിലായി എന്താണ് ഇവൻ വ്യാപാലനാണോ അച്ഛന്റെ മാനല്ല അമ്മയുടെ മാനാണോ സംഗതി പിടികിട്ടി പക്ഷെ സത്യം പറഞ്ഞതുകൊണ്ട് അവനെ ബ്രാഹ്മണനായി പരിഗണിച്ചു അവനാണ് പിന്നീട് അന്വേഷണമൊന്നും നടത്താതെ ഒട്ടും താമസിക്കാതെ സംയുക്ത സൗമ്യാഹാര ഉപനയനം എന്ന് പറയുന്ന ആ ചടങ്ങ് നടത്തണം വനം ചെയ്യണം അതിന് സമിത് പറകൊണ്ടുവരിക അത് അതിൻ്റെ ഒരു ഭാഗമാണ് സമിത് പാണിയായി മുഴുവിനെ സമീപിക്കുക എന്നാ രഹ കാണാൻ പോയപ്പോ മകളെയും കൊണ്ടാകുന്നു പക്ഷെ വിദ്യ സ്വീകരിക്കാൻ പോകാൻ വേണ്ടി ശ്രുതി പറയുന്നത് എന്താണോ സമിത്വമായി ചെല്ലണം സമ്പത്തുമായിട്ട് ചെല്ലാണല്ലോ പറയുന്നു സ്വമിത്വം എന്ന് പറയുന്നത് അന്നത്തെ സമ്പത്തല്ല അവരും ഹവനം ചെയ്യുന്നതിനുള്ള ഒരു ഉപകരണം മാത്രം സ്വമ്യാഹേര ഉപത്വം അന്വേഷി മറ്റൊന്നും ആലോചിക്കാനില്ല ഞാനെന്താ നിന്നെ ഉപനയനം ചെയ്യാൻ പോവുകയാണ് ഉടൻ തന്നെ നീ ബ്രാഹ്മണനാണ് അതാണ് ബ്രാഹ്മണത്വം സ്നേഹ ധജോ ബ്രാഹ്മണോ വിശേഷീന ഭക്തമർഹതിജോഹി ബ്രാഹ്മണ എന്ന ഇതരേ സ്വഭാവത അവിടെ സങ്കരാചാര്യ രോഗ സംഭാവന എന്താണ് പറയുന്നത് സങ്കരാചാര്യനെ എന്താണ് ഇവൻ സത്യം പറഞ്ഞതുകൊണ്ട് ബ്രാഹ്മണൻ എന്താ ഇവൻ സത്യം പറഞ്ഞെന്നാണ് പറയുന്നത് നിർജ്ജോഹി ബ്രാഹ്മണഹാ ബ്രാഹ്മണർ സത്യം പറയുന്നവരാണ് നൈതരെ ബാക്കിയുള്ളവർ ക്ഷത്രിയാദികളെന്നും സത്യം പറയുന്നവരല്ല എന്താണ് സ്വഭാവത ഇത് ഈ കൂട്ടരുടെ സ്വഭാവമാണ് എന്ന് വ്യാഖ്യാനിച്ചു അതും മനഃപൂർവമായി ചെയ്തതാണ് അങ്ങനെ അവിടെ പറയുന്നില്ല സത്യം പറഞ്ഞതുകൊണ്ട് ബ്രാഹ്മണൻ എന്ന് ഋഷി പറഞ്ഞപ്പോൾ ബ്രാഹ്മണ ജാതിപ്പെട്ടവരെല്ലാം സത്യം പറയുന്നവരാണ് നേരെ പോ നേരെ പോ എന്നുള്ളവരാണ് മറ്റുള്ളവരല്ല എന്നും പറയാം ശരി ബ്രാഹ്മണർക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു അവകാശവാദം അംഗീകരിച്ചു കൊടുക്കാം സത്യമേ പറയത്തുള്ളൂ ജനിച്ചാൽ മരിക്കുന്നതുവരെ കള്ളം പറയത്തില്ല പക്ഷെ മറ്റുള്ളവർ പറയത്തില്ല എന്നൂടെ പറയേണ്ട കാര്യമുണ്ടോ എന്നാ ഈ തരേ അതും എന്താണ് അവരുടെ സ്വഭാവമാണോ സത്യം പറയത്തില്ല അതും കൃത്രിമമായി വ്യാഖ്യാനിച്ചാണ് എവിടെ അവസരം കിട്ടുന്നോ അവിടെയെല്ലാം മുതലാക്കുന്നു കാണുന്നത് സത്യാ സത്യത്തെ ഉപേക്ഷിച്ചില്ല അവിടെ ഗൗതമൻ പ്രാധാന്യം കൊടുക്കുന്നത് സത്യത്തിനാണ് ജാതിക്കല്ല നീ സത്യത്തിൽ നിന്നും വ്യതിചരിച്ചില്ല അതേ ശ്രുതിയും പറയുന്നുള്ളു അതുകൊണ്ട് നീ ബ്രാഹ്മണനാണ് പക്ഷെ ഭാഷകാരും എന്താ പറയുന്നത് സത്യാത് ബ്രാഹ്മണജാതി ധർമാത് കൂട്ടിച്ചേർത്തിരിക്ക സത്യം എന്ന് പറയുന്നത് എന്താണ് ബ്രാഹ്മണജാതിയുടെ ധർമ്മം എന്നാണ് ബ്രാഹ്മണ ജാതി എന്ന് പ്രത്യേകം പറയുന്ന വേറെ ഒരു ജാതിക്ക് ഈ ധർമ്മം ഇല്ലെന്നാണ് അപ്പൊ ധർമ്മത്തെ സത്യം എന്ന് പറയുന്ന ധർമ്മത്തെ പോലും ബ്രാഹ്മണ ജാതിയുടെതാക്കി മാറ്റി ശങ്കരാചാര്യ യാതൊരു സാഹചര്യവും ഇവിടെ ഇല്ല ശ്രുതി അങ്ങനെ പറയുന്നില്ല നീ സത്യത്തിൽ നിന്നും വിലചരിക്കാത്തവനാണെന്നേ പറയുന്നു അതിനെന്താക്കി ബ്രാഹ്മണജാതി ധർമ്മം എന്നാക്കി വ്യക്തമായി പറയുന്നതിന് ഈ കാര്യത്തിൽ ആർക്കും ഒരു സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്റെ കഴിയുന്നു വേറെ ഒന്നും ചേർത്ത് പറയുന്നു ഇല്ലെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ ശ്രുതിയിൽ എവിടെ പറഞ്ഞിരിക്കുന്നു സത്യം എന്ന് പറയുന്നത് ബ്രാഹ്മണ ജാതിയുടെ ധർമ്മമാണ് ഇതരെ മറ്റുള്ളവരുടെ അല്ലെന്ന് ശ്രുതി പറയുന്നുണ്ടോ മറ്റു ജാതിക്കാരെല്ലാം കള്ളം പറയുന്നവരാണെന്ന് പറയുന്നുണ്ടോ ഇല്ല പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞു ചങ്കരാചാര്യ ബ്രാഹ്മണജാതിക്ക് വിശേഷമായ അധികാരങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞു നാപയത വാനസി അതുകൊണ്ട് നീ നിന്റെ ജാതി ധർമ്മത്തെയാണ് കാണിച്ചത് നിന്റെ സ്വഭാവത്തെ അല്ല അതോ ബ്രാഹ്മണത്തോ ഉപനേഷ്യേ അതുകൊണ്ട് ബ്രാഹ്മണനായതിനെ ഞാൻ ഉപനയിക്കുന്നു ഇതിവിടെ ഇങ്ങനെ വ്യാഖ്യാനിച്ചിരുന്നെങ്കിൽ സത്യകാമൻ ശൂദ്രനുമാകാം ആരെന്നറിയാൻ വയ്യാന്ന് വെച്ചാൽ ശൂദ്രനുമാകാം ധാനശ്രുതി ഉപാഖ്യാനത്തിന് മനസ്സിലാക്കാം അന്ന് പറയുക ധനവാന്മാരായ ശൂദ്രന്മാരും ഉണ്ടായിരുന്നു അപ്പോ ഒരു ശൂദ്രപുത്രനുമാകാം അങ്ങനെ വന്നു കഴിഞ്ഞാലോ അതിനൊരു സാധ്യതയുള്ളൂ ഉറപ്പുള്ള കാര്യമുണ്ട് എന്നാൽ അങ്ങനെ ഒരു സാധ്യതയെപ്പോലും നിഷേധിക്കുക എന്നിട്ട് ഉറപ്പിക്കുക ബ്രാഹ്മണന്റെ പ്രത്യേക അവകാശങ്ങൾ മരശിശൂദനെ എതിരായി പറയുക ഇതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അധ സംസ്കാരാർത്ഥം ഹോമായ സമിതം അതുകൊണ്ട് ഉപനയന സംസ്കാരത്തിന് വേണ്ടി ഹോമത്തിനു വേണ്ടി സമിതസ്വം ആഹര ഇത്യുക്തം ഉപനീയ അവനൊപ്പതിനഞ്ച് ചെയ്തു ശിക്ഷനായി സ്വീകരിച്ചു ഇനി പറയുന്ന കാര്യങ്ങൾ എന്താ ഉപാസനയെ കുറിച്ചാണ് നമുക്ക് വായിച്ച് മനസിലാക്കാത്ത കാര്യങ്ങളും ഈ പറഞ്ഞ ഭാഗം ഞാൻ വിശദീകരിച്ചത് ആ ഭാഷയത്തിന്റെയും ആ ശ്രുതിയും തമ്മിലുള്ള വ്യത്യാസത്തെ കാണിക്കാൻ വേണ്ടിട്ട് ശ്രുതി ഏത് വഴിക്ക് നീങ്ങുന്നു ഭാഷ ഏത് വഴിക്ക് നീങ്ങുന്നു ഇത് പഴയ ഒരു കാലത്ത് നടന്ന സംഭവമാണ് ഇന്ന് നമ്മൾ വീണ്ടും ഇതിനെ എന്തിനാ ചർച്ച ചെയ്യുന്നതെന്ന് ചോദിക്കും ഭാഷ മുഴുവനും പഴയ കാലത്ത് നടന്നതാണ് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്ന പോലെ തന്നെ ഇതും ചർച്ച ചെയ്യേണ്ടി വരും അതുമാത്രമല്ല ഇതിങ്ങനെ എഴുതിയതുകൊണ്ടാണ് ഒരുപാട് ശൂദ്രന്മാർക്ക് കള്ളം പറയേണ്ടി വന്നു ഒരുപാട് ശൂദ്രന്മാർക്ക് പോയിട്ട് ഞാൻ ബ്രാഹ്മണനാണെന്ന് കള്ളം പറയേണ്ടി വന്നു എന്തുകൊണ്ട് ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ടാണ് ആ പരമ്പര അത് വിശ്വസിച്ചു ശങ്കരായ ഈ എഴുത്താണ് ഹിന്ദു സമൂഹത്തിന് ഏറ്റവും വലിയ ദോഹം ചെയ്തു എന്നാണ് നമ്മുടെ ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് ഹിന്ദു സമൂഹത്തിന്റെ അനൈക്യം അന്ധശിദ്ധ്രത അതിനെല്ലാം കാരണമായി തീർന്നത് ഈ എഴുത്താണ് ഈ ഭാഷ്യമാണ് അതിന് വലിയൊരു സ്വാധീനം ഇത് മാത്രമല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇത് ശങ്കരാചാര്യർ പറഞ്ഞ അദ്വൈതം മനസ്സിലാക്കിയവർ വളരെ കുറച്ച് പേരാണ് അത് ഉത്തമ വേണം അത് മനസ്സിലാക്കുക ചിത്തശുദ്ധിയും കർമ്മയോഗവും ഒക്കെ വേണം അതുകൊണ്ട് അതാർക്കും മനസ്സിലായില്ല പക്ഷെ ശങ്കര പറഞ്ഞ് ഇതെല്ലാവർക്കും മനസ്സിലായി അല്ല ഇതിനൊന്നും ആവശ്യമില്ല അതിന്റെ ശങ്കര പരമ്പരയിൽ നോക്കിയാൽ ആത്മജ്ഞാനികളായ ആചാര്യന്മാർ വളരെ വിരളമായിരിക്കുന്നു പക്ഷെ ഇക്കാര്യങ്ങൾ അറിയാ അറിയാത്ത ആരും കാണപ്പെടും ഇക്കാര്യങ്ങളിൽ എല്ലാവർക്കും വളരെ നിഷ്ഠയാണ് ഈ ജാതിവാദത്തിനും പറ്റും കാരണം അതെല്ലാവർക്കും അറിയാം അതറിയുന്നതിന് പ്രത്യേക യോഗ്യതയെന്നും വേണം അത് പ്രചരിച്ച് സമൂഹത്തിൽ അദ്വൈതം നഷ്ടപ്പെടുകയും ചെയ്തു അദ്വൈതം ഗ്രഹിക്കുന്നതിനുള്ള ആള് വിരളമായിക്കൊള്ളി വലിയൊരു സമൂഹം തന്നെ ഇതിനെ സ്വീകരിച്ച് അതുകൊണ്ട് പിൽക്കാലത്ത് ഈ ജാതിയുടെ പേരിൽ അസമത്വങ്ങളും അനാചാരങ്ങളും എല്ലാം വളരെ ശക്തി പ്രാപിക്കുകയും ചെയ്തു അതിനൊരു പ്രധാന കാരണക്കാരൻ ഭാഷകാരനാണ് അതിന്റെ ദോഷമാണ് ഇന്നത്തെ സമൂഹം നമ്മൾ അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിത് ഇതുകൂടി പറഞ്ഞത് ഇത് തുറന്നു പറയാൻ പലർക്കും മടിയാണ് പ്രത്യേകിച്ച് ശൂദ്രന്മാർ അപ്പൊ ചോദിക്കുന്ന പിന്നെ സ്വാമി എന്താ തുറന്നുപോകും ഞാൻ പറഞ്ഞതിന് കാരണം ഞാനൊരു ബ്രാഹ്മണ ഗുരുവിന്റെ അടുത്തുനിന്നാണ് പഠിച്ചത് അതുകൊണ്ട് തന്നെ നേരെ പഠിപ്പിച്ചു ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞു പഠിപ്പിച്ചു ഇതിൻ്റെതാണ് ഇതിന്റെ താല്പര്യം ഞാൻ ആ പഠിപ്പിനോട് യോജിച്ചില്ല അതവിടെ തന്നെ വിയോജിപ്പും എന്റെ വിയോജിപ്പും അപ്പം തന്നെ പറഞ്ഞു എന്നാലും പറഞ്ഞുതന്നെ നേരെയാണ് ഇതാണ് സംഭവം ആ പരമ്പരയിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ ഉള്ളുകളിൽ ശരിക്കും മനസ്സിലാക്കാൻ പറ്റി ഇത് ശരിയല്ല എന്നുള്ള കാര്യം പഠിച്ച സമയത്തും പറഞ്ഞു അതിപ്പോഴും പറയുന്നു എന്നും ഇത് പറഞ്ഞിട്ടുമുണ്ട് ഇത് അവസാനം വരെ പറഞ്ഞുകൊണ്ട് വരി ശരിയല്ല എന്നുള്ള കാര്യം അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി നേരെ എല്ലാ ശൂദ്രന്മാർക്കും ഇതിനുള്ള അവസരം കിട്ടില്ല ആണ് എന്റെ വ്യത്യാസം ബാക്കി പറയുന്ന കാര്യങ്ങൾ എന്താണോ ഗോതമൻ ഉടൻ തന്നെ ശിഷ്യൻ അന്നത്തെ രീതി അനുസരിച്ച് പോവുക അവിടെ സേവ ചെയ്യുക ഉപദേശക്കൊടുവിലാണ് ഗുരുസേവ അത് മതി അതുകൊണ്ടെല്ലാം ഉണ്ടാവും ചിത്തശുദ്ധിയും ഞാനും എല്ലാം ഉണ്ടാവും അപ്പൊ ഗൗതമനെ പോലെയുള്ള മഹാനായവരാചാര്യന്റെ അടുത്ത് പോയി ഇവിടെ സത്യകാമൻ എന്ന് പറയുന്ന ഒരാള് അവിടെ സേവ മാത്രം ചെയ്താൽ മതി വേറെ ഒന്നും വേണ്ട ഗൗതമന് ധാരാളം പശുക്കളുണ്ടായിരുന്നു ആ പശുക്കളിൽ നിന്ന് തെരഞ്ഞെടുത്ത് കൃഷാനം അബലാനം വളരെ ക്ഷീണിച്ച് മോശമായ ചതുശ്ശത ഒരു പത്തിനാനൂറ് പശുക്കളെടുത്തു കൃത്യമായ കണക്കൊന്നുമില്ല ഇവിടെ വേദം പിടിക്കാൻ ചെന്നവനെയാണ് പശുവിനെ മേഖലയിപ്പിക്കുന്നത് ചതുശ്ശതഗ നിരാകൃത്യ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞ് ശരി ഇതായിരിക്കുക ജോലി ഇതാണ് വാശ്രമത്തിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ജോലി പശുവിനെ നോക്കുന്ന ഏറ്റവും നല്ല സേവൻ അഭിപ്രായ സത്യകാമൻ എന്താണ് വളരെ ഗുണങ്ങളുള്ളവനാണ് നമ്മളെപ്പോലെ മുറമുറത്തൊന്നുമില്ല ഇങ്ങോട്ട് വന്ന് കയറുന്നു പണിയായി യാതൊരു മുറമുറക്കും ഇല്ലാതെ ഇല്ലെങ്കിൽ ഇതുപോലെ എനിക്കിവിടെ കുറച്ചുകൂടി നല്ല സ്റ്റാൻഡേർഡുള്ള ഒരു വർക്ക് കിട്ടിയെങ്കിൽ മറ്റുള്ളവരൊക്കെ ബഹുമാനിക്കുന്നു കാണിക്കപ്പെട്ട താക്കോലാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് ഇന്ന പശുവിനെ മേക്കാൻ പറഞ്ഞു അത് സാറിന് ആൾക്കാർ ചെയ്യുന്ന പണിയല്ലേ അതാണോ ചെയ്യേണ്ടത് പക്ഷെ സത്യകാമൻ അങ്ങനെയല്ല വളരെ സന്തോഷത്തോടു കൂടി തന്നെ പറയും ഇന്നാ അസഹസരന ആവർത്തയ സത്യകാമൻ ഉടൻ തന്നെ പറഞ്ഞു എന്താണ് ഇതായിരം തികയാതെ ഞാൻ മടങ്ങി എന്നുവെച്ചാ സേവനത്തിനുള്ള സന്നദ്ധതയെ സൂചിപ്പിക്കുകയാണ് നാനൂറല്ലേ ലഭിച്ചുള്ളൂ നാനൂറായിരമാണെങ്കി എത്ര കാലം പിടിക്കും പക്ഷെ അതിന് താൻ തയ്യാറാണോ ആണ് പറഞ്ഞത് നസഹസരണ ആവർത്ത ഈ പ്രതിജ്ഞയാണ് ഇതായിരം തികയാതെ ഞാൻ വരത്തില്ല ഈ പ്രതിജ്ഞ ഗൗതമനും കേട്ടി പശുക്കളും കേട്ടി അതുകൊണ്ട് എന്ത് പറ്റി ഗോതമ്പനിന്റെ പിറകെ പോയി പക്ഷികാരം പറയുന്നു നല്ല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പുല്ലൊക്കെ ഉള്ള കൊണ്ടുപോയി പശുവിനെ മേയിച്ചു ഇത് ആയിരം തികയുമെന്ന് എല്ലാവർക്കും എണ്ണി നോക്കാൻ പറ്റും ഇതിങ്ങനെ പ്രജനനം സംഭവിച്ചുകൊണ്ടിരിക്കയായി പക്ഷേ സത്യകാമിന്റെ ആ ആ തപസ്സിന്റെ ഫലം കൊണ്ട് ആയിരം തികഞ്ഞപ്പോ അതിലൊരു കാള വഷനം പറയുന്നത് വെറും കാളയല്ല തപസ്സിൽ സന്തുഷ്ടരായി ദേവതമാരാരോ ഒരു കാളയുടെ നിഷഭോ അഭിവാദ കാളയുടെ രൂപം സ്വീകരിച്ചുകൊണ്ട് ആയിരം തികഞ്ഞ ദിവസം ആയിരമത്തെ കിടാവിന് പശുപ്രസവിച്ച ദിവസം സത്യവാമാ എന്ന് നീട്ടി വിളിച്ചു കാളിഹപ്രതി ശുശ്രാവ ാപ്ത സ്വാമി സഹസന ഞങ്ങളിത് ആയിരം തികഞ്ഞിരിക്കുന്നു തപസിന്റെ ഫലം പ്രാപയുന്ന ആചാര്യകുലം ശരി ആചാര്യകുലത്തിലേക്ക് കൊണ്ടുപോവുക ഇതൊരു വെറും കാളയല്ലെന്ന ഭാഷകാരം എന്നുണ്ടെന്ന് പറഞ്ഞു ബ്രഹ്മണശത്ത് പാദം ബ്രഹ്മണി ശരി ഈ ബ്രഹ്മമുണ്ടല്ലോ നിയന്ത്രണമെന്ന് വിദ്യ സ്വീകരിക്കാനല്ലേ ആ ബ്രഹ്മ ഉപാസന അതിന്റെ ഒരു പാദം ഒരു ഭാഗം ഞാൻ നിനക്ക് ഉപദേശിക്കാം അങ്ങനെ ഉപദേശുപദേശിച്ചു വരുന്ന വഴിക്ക് ഓരോരുത്തരും ഉപദേശിക്കുന്ന കഥയാണ് പറയുന്നു നീർക്കാക്കവരെ ഉപദേശിച്ചു അഗ്നി ഉപദേശിച്ചു പക്ഷി ഉപദേശിച്ചു അങ്ങനെ ഉപദേശം കൊണ്ട് മടങ്ങിയാചാര്യന്റെ അടുത്തെത്തി ആചാര്യം കണ്ടപ്പിച്ചോ ചേന്താ ഒരു ബ്രഹ്മജ്ഞാനിയെ പോലെ ഇരിക്കുന്നു നിന്നാരാ ഉപദേശ് എന്ന് പറഞ്ഞു തന്റെ ഉപദേശം കൊണ്ട് ആ എന്ന ഉപാസനയാണ് ആ ഉപാസനയെ പൂർത്തിയാക്കി എന്നാണ് ശ്രുതി പറയുന്നത് ഇനി സത്യകാമൻ തന്റെ ശിഷ്യനോടും ഇത് തന്നെ ചെയ്തു അയാൾക്ക് ഇതുപോലുള്ള ഉപദേശം ഹംസം ഉപദേശിക്കുന്നു അങ്ങനെയുള്ള ഉപദേശങ്ങൾ ലഭിച്ചു എന്നാണ് അടുത്ത് പറയുന്നത്